മനനം ചെയ്യാൻ പറ്റാത്തത് ഏനാഹുർ മനോമതം യാതൊന്നിനാൽ മനസ്സ് മനനം ചെയ്യപ്പെട്ടതായി തീരുന്നു തതേവ ബ്രഹ്മത്വം വിധി നേതം യതിതം ഉപാസതേ അതാണ് ബ്രഹ്മം അല്ലാതെ ബ്രഹ്മം എന്ന് പറഞ്ഞ് നീ ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ല വെറും ബ്രഹ്മം മാത്രം കേൾവിയിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ബ്രഹ്മവും ഭ്രമവും അതുകൊണ്ട് അയം അചിന്ത്യ അയം അവികാര്യ അയം ഇത് അികാര്യം അവികാര്യം എന്ന് പറഞ്ഞാൽ വികാരപ്പെടുത്താൻ സാധിക്കാത്തത് വികാരപ്പെടുത്ത വികാരങ്ങൾക്ക് വിധേയമല്ല എന്ന് പറയാം എന്ന് ഇത് ഉച്ചതേ ഇപ്രകാരം പറയപ്പെടുന്നു അപ്പൊ ഇപ്രകാരം പറയപ്പെടുന്നു എന്ന് ഭഗവാൻ പറയുമ്പം എൻ്റെ അഭിപ്രായമല്ല നോക്കൂ ഇതെൻ്റെ അഭിപ്രായമല്ല പതിനായിരം വർഷങ്ങൾക്കപ്പുറത്ത് ഈ സത്യം ഇവിടെ പറയപ്പെട്ടിരിക്കണം ഇന്നും ആധുനിക ശാസ്ത്രം കേവലം ഇരുന്നൂറ് മുന്നൂറ് വർഷം പഴക്കമുള്ള ശാസ്ത്രം അതിൻ്റെ ബാലദിശയിലാണ് അതിന് എത്രയോ മുൻപ് സ്വാമി മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വലിയ ഇതിലിങ്ങനെ ഊറ്റം കൊള്ളുമൊന്നുമല്ല പക്ഷേ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് നമ്മുടെ പറയുന്ന ശാസ്ത്രത്തിൻ്റെ വളർച്ച ഇനി ശാസ്ത്രത്തിൻ്റെ പഴയ കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടല്ലേ ഓരോ കണ്ടെത്തലും വരുന്നത് പഴയ കണ്ടെത്തലിനെ പാടെ നിരാകരിച്ചുകൊണ്ട് പഴയ തിയറിയെ പാടെ നിരാകരിച്ചുകൊണ്ട് പുതിയ തിയറി ആവിഷ്കൃതമാകുന്നു ഇവിടെയോ യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് ഏനം ഇവനെ ഏവം ഇപ്രകാരം വിധിത്വ അറിഞ്ഞിട്ട് ഇതിനെ ഇപ്രകാരം അറിഞ്ഞിട്ട് എപ്രകാരം ഇതിന് ജനിമൃതികളില്ലെന്നും ഇതിന് വൃതിക്ഷയങ്ങൾ ഇല്ലെന്നും ഇത് ചിന്തയ്ക്ക് വിഷയമല്ലെന്നും ഇത് വികാരങ്ങൾക്ക് വിഷയമല്ലെന്നും ഇപ്രകാരം അറിഞ്ഞ് അനുശോചിതും ന അർഹസി ദുഃഖത്തിന് അവകാശമില്ല എങ്ങനെ നോക്കിയാലും ദുഃഖത്തിന് അവകാശമില്ല അനുശോചിതും നർഹസി അതുകൊണ്ട് അർജുന ചിന്തിക്കുന്നതിലൂടെയല്ല ജീവിക്കുന്നതിലൂടെയാണ് ജീവിതത്തിന്റെ മഹത്വം സാക്ഷാത്കരിക്കേണ്ടത് വലിയൊരു സന്ദേശം ഭഗവാൻ ഇവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയാം എല്ലാ ചിന്തകളും അസ്തമിക്കുന്ന ഒരു ഇട അവിടെയാണ് ജീവിതം ആരംഭിക്കുന്നത് തന്നെ ചിന്തിക്കുന്നതിലൂടെ എല്ലാം പറയാം ചിന്തിക്കാൻ ആർക്കും എന്തും ചിന്തിക്കാം പലതും ചിന്തിച്ചുകൊണ്ടിരിക്കാം ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞ് അതിലങ്ങനെ വിരാജിക്കുമ്പോഴോ അപ്പോഴാണ് ജീവിതത്തിന് ഒരു എന്താ അപ്പൊ അവൻ വിരാട്ട് സാമ്രാട്ട് എന്നൊക്കെ പറയും അതിൽ വിരാജിക്കുമ്പോ തുടർന്നു അധ നിത്യജാതം നിത്യം വാമന്യമൃതം തഥാപിത്വം മഹാബാഹോ അതചൈനം നിത്യജാതം നിത്യം വ മന്യസേ മൃതം തഥാപിത്വം മഹാബാഹോ നൈവം ശോചിതും അർഹസി അത അഥവാ ഇനി അതല്ല എങ്കിൽ അർജുന ഞാൻ പറഞ്ഞതിന് മുഴുവൻ നിരാകരിച്ചു നീ നിന്റെ തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്റെ നിലവാരത്തിലേക്ക് ഞാൻ വരാം അഥവാ ഏനം ഇതിനെ ഇവനെ നിത്യജാതം എന്നും ജനിക്കുന്നവനായി നിത്യമൃതം എന്നും മരിക്കുന്നവനുമായി ത്വം മന്യസെ നീ വിചാരിക്കുന്നു ത്വം മന്യസെ ഇത് നീ കരുതുന്നു ഇനി ഒരാൾ കരുതുന്നു ആത്മാവ് ജനിക്കുന്നു ആത്മാവ് മരിക്കുന്നു ആത്മാവ് അങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കണം ആത്മാവ് അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സങ്കൽപ്പത്തിൽ തന്നെ തഥാ അഭി അപ്രകാരമായിരുന്നാൽ പോലും മഹാബാഹു വലിയ പരാക്രമശീലമൊക്കെയുള്ള അർജുന ശോചിതും നർഹസി ദുഃഖത്തിന് അവകാശമില്ലല്ലോ അപ്പൊ ഇത് നിത്യം ജനിക്കുന്നതാണ് മരിക്കുന്നതാണ് എങ്കിൽ തന്നെ ദുഃഖത്തിന് അവകാശം എവിടെ ഇല്ല അപ്പൊ ദുഃഖം ഒരുവന് ഇത്തരത്തിലുള്ള ദുഃഖം ഒരുവന് അങ്ങനെ പടിപടിയായിട്ട് ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കില്ലേ എന്ന് ഒരു ചോദ്യം സാധാരണ വരാറുണ്ട് ഇല്ലെന്നാ അജ്ഞാനത്തിലാണ് ഈ ദുഃഖം തന്നെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ദുഃഖം ക്രമത്തിൽ ഒരുവന് ജ്ഞാനത്തിലേക്ക് അത് സഹായകാവില്ലേ ആ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തെന്നെയായാലും അജ്ഞാനത്തിലാണ് ദുഃഖം അതിന് സംശയമൊന്നുമില്ല ആ അജ്ഞാനം മാറുമ്പം ജ്ഞാനമായി അതുകൊണ്ട് ശ്മശാന വൈരാഗ്യം എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ആരുടെങ്കിലൊക്കെ മരണം എന്താണ് സത്യം നമ്മെ സഹായിക്കും വേണ്ടപ്പെട്ടവരുടെ മരണം ഈ ഒരു വിചാരത്തിന് ഏറെ എന്താ സാഹചര്യം ഒരുക്കി തരുന്നു എന്നാണ് മരണത്തിന് അപ്പുറത്ത് എന്ത് എന്താണ് മരണം അതുകൊണ്ട് ഇതിന് നീ നിന്റെ അഭിപ്രായം നിന്റെ മതം ഇതാണ് എങ്കിൽ ഏത് ഇത് ജനിക്കുന്നു മരിക്കുന്നു എന്നാണെങ്കിൽ തന്നെ ദുഃഖത്തിന് അവകാശമില്ല ശോചിതും അർഹസ് ചെയ്യും ഭഗവാൻ പറയുന്നു അർജുന നിന്റെ പക്ഷം എടുത്താലും ദുഃഖത്തിന് അവകാശമില്ല ഇത് ഒരു സത്യമാണ് അപ്പം വ്യവഹാരത്തിലും പാരമാർത്ഥിക തലത്തിലും രണ്ട് തലത്തിലും നോക്കിയാൽ ദുഃഖം കൊണ്ട് പോയവൻ തിരിച്ചു വരിക അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാ ദുഃഖം ദുഃഖം ഇപ്പൊ ഉള്ളവരുടെ പ്രവൃത്തിയെ ഇപ്പൊ ഉള്ളവരുടെ വികാര വിചാരങ്ങളെ ആ ദുഃഖം സ്വാധീനിക്കുന്നു അതിന് പൂർണ്ണത നഷ്ടപ്പെടുന്നു പഴയതുപോലെ ഊർജമില്ലാതെയാവുന്നു അപ്പൊ എന്റെ ഈ നിലനിൽപ്പ് ചുറ്റുപാടിന് ഒരു ഭാരമായി തീരുന്നു അതൊരിക്കലും പാടില്ല അതുകൊണ്ട് നീ ദുഃഖിക്കരുത് തുടർന്ന് ध्रुव जन्म मृत्यपे न शोचि जात से ही ध्रुवो मृत्यु ध्रुव जन्म मृत्ये अर्थे नम शोचि अर्सी जात मृत्यु ध्रुवा ജാതസ്യ ജനിച്ചവന് മൃത്യുഹോ മരണം ധ്രുവഹാ ഹി നിശ്ചയം അപ്പൊ ആർക്കാണ് മരണം ജനിച്ചവന് ജനിച്ചിട്ടില്ല എന്നറിഞ്ഞാലോ അവൻ അമരനാണ് അപ്പം മരണത്തിനപ്പുറത്തേക്ക് പോകാനുള്ള വിദ്യ സ്വരൂപത്തെ അറിയ എന്നുള്ളത് തന്നെയാണ് വേറെ ഒരു മാർഗവും ഇല്ല അപ്പം ജാതസ്യ മൃത്യുഹോ ധ്രുവഹ നിശ്ചയം മൃതസ്യ ജന്മച്ച ധ്രുവം മരിച്ചവന് ജന്മവും ജനനവും നിശ്ചയം അപ്പൊ ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും നിശ്ചയമാണ് തസ്മാത് അതുകൊണ്ട് ഏതുകൊണ്ട് മര മരണവും ജനനവും ആർക്കാണ് എന്നുള്ളതുകൊണ്ട് അതാരെ ആശ്രയിച്ചിരിക്കുന്നു ജനിച്ചവനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ ജനിച്ചു എന്നറിയുന്നവൻ എന്തുണ്ട് മരണമുണ്ട് നിശ്ചയമാണ് അതുകൊണ്ട് അപരിഹാര്യേ അർത്ഥേ പരിഹരിക്കാൻ പറ്റാത്ത ഈ വിഷയത്തിൽ ഇതൊരു പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണ് ഈ വിഷയത്തിൽ ത്വം നീ ശോചിത്വം ന അർഹസി നിനക്കും ദുഃഖിക്കാൻ അവകാശമില്ല അപ്പൊ ജനിച്ചവരെല്ലാം മരിക്കും അതൊരു സത്യമാണ് കൃഷ്ണനും മുഹമ്മദും ക്രിസ്തു പിന്നെ പ്രവാചകന്മാരോ ഋഷീശ്വരന്മാരോ രാഷ്ട്രീയത്തിലെ ഉന്നതന്മാരോ ലോകത്തിന് മുഴുവൻ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ പോകുന്ന ആ വ്യക്തിത്വങ്ങളൊക്കെ ശരീരമെടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ ശരീരം ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് ഇല്ലേ ഉണ്ട് ആ വിഷയത്തിൽ നീ ദുഃഖിക്കേണ്ടല്ലോ അല്ല സ്വാമി ഇങ്ങനെയൊക്കെ പറയാം പക്ഷേ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് അതായത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഗീതയൊക്കെ പറയുന്നത് ഒരുമാതിരി ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഒരു ജാതി ആൾക്കാരുടെ സിദ്ധാന്തമായിട്ട് സ്വാമിമാർക്ക് നടക്കുമായിരിക്കും സ്വാമി എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്റെ അച്ഛൻ മരിച്ച ഞാൻ കരയരുത് എന്റെ മകൻ മരിച്ച ഞാൻ കരയരുത് അവനെക്കുറിച്ച് ദുഃഖി ഓർത്ത് ദുഃഖിക്കരുത് എന്നാ അങ്ങനെ ചിന്ത വരാം വളരെ നല്ലതാ ചിന്തിക്കുക പക്ഷെ നമ്മളുടെ ചോദ്യം അതായത് ശാസ്ത്രം നിങ്ങളോട് ചോദിക്കുന്നത് ദുഃഖം കൊണ്ട് എന്താണ് നിങ്ങൾ നേടുന്നത് കരുത്താർജിക്കുന്നുവോ എന്നാണ് ചോദ്യം വീണ്ടും ഈ ഭൂമികയിൽ നിങ്ങളുടെ കർമ്മ ഭൂമികയിൽ കർമ്മം ചെയ്യാനുള്ള കരുത്ത് ഈ ദുഃഖത്തിൽ നിന്ന് കിട്ടുന്നുവോ അതോ നിങ്ങളുടെ നാഡീ വ്യവസ്ഥയെ തന്നെ ഈ ദുഃഖം പൂർണ്ണമായി രോഗത്തിലേക്ക് നയിക്കുന്നുവോ നിങ്ങളുടെ നാഡീ തളരും അതിനല്ലേ സഹായിക്കുക ഇനി അതല്ല അവരൊക്കെ എല്ലാവരും നമ്മുടെ കൂടെ അങ്ങനെ കഴിയുകയാണെങ്കിലോ അല്ലെ മുറികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പൂപ്പൻ മുതുക്കനായി അല്ലെ മുത്തശ്ശൻ മുതുമുതുക്കനായി അങ്ങനെയുള്ളൊരു കവിത ഉണ്ടല്ലോ ആ എല്ലാവരും കുട്ടി കുട്ടി കുട്ടി ഇങ്ങനെ ചെറുതായി ചെറുതായി വരിക അപ്പൊ ചോദിക്കില്ലേ എന്താ ആരും പോവാത്തത് ഈ ഭൂമിയിൽ മരണം എന്നതില്ലായിരുന്നുവെങ്കിൽ വിനോബാജി പറയും ഈ ഭൂമിയെ സുന്ദരമാക്കുന്നത് ശ്മശാനമാണ് ഈ ഭൂമിയെ സുന്ദരമാക്കുന്നത് ശ്മശാനം ഒരു ക്ഷേത്രത്തോടുള്ള ആരാധനാഭാവം നമുക്ക് ആ ശ്മശാനത്തോട് വേണം ശ്മശാനം കാണുമ്പം നിങ്ങൾ തൊഴുതോളണം അതെ കാരണം ഞാനിതാ നാളെ ഇവിടേക്ക് വരും എന്നെ നോക്കിയും കണ്ടും ചെയ്യണം വേണം ഒരാചാര്യൻ പറയുന്നത് ശ്മശാനം സിറ്റിയുടെ നടുക്ക് കൊണ്ടുപോയി സ്ഥാപിക്കണം എന്ന സെന്റർ കോർപ്പറേഷൻ ഓഫീസ് പോലെ അതായത് കേന്ദ്രമായിരിക്കണം ഭരണകൂടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം തിരുവനന്തപുരത്ത് സ്വാമി അഭയയിൽ പോയിരുന്നു അഭയ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ സുഗതകുമാരി ടീച്ചറുടെ അഭയ അപ്പൊ സുഗതകുമാരി അമ്മയ്ക്ക് ഏതോ ഒരു ഇല്ലം അമ്മയ്ക്ക് കൊടുത്തിരുന്നു ഡൊണേറ്റ് ചെയ്തിരുന്നു അപ്പൊ ഈ അവിടെ എന്തെങ്കിലും ആശ്ര ഇത് തുടങ്ങാൻ ആക്ടിവിറ്റി തുടങ്ങാൻ പറഞ്ഞിട്ടായിരുന്നു അത് കൊടുത്തത് അപ്പൊ ആ അമ്മ പറഞ്ഞു ഈ സ്ഥലത്ത് ഏതാ സ്ഥലം സ്വാമിക്ക് അറിയില്ല ആ അമ്മ പറഞ്ഞിരുന്നു ആ സ്ഥലം പറഞ്ഞു അത് ഏതോ ഒരു ഇല്ലക്കാര അവർ ഇല്ലം പൂർണ്ണമായിട്ട് കൊടുത്തു അപ്പോൾ ആരോ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഇല്ലത്തെ മൊത്തമായിട്ട് അവിടുന്ന് എടുത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവയ്ക്കാം അതുപോലെ അത് ചെയ്യുകയും ചെയ്തു വളരെ ഭംഗിയായിട്ട് ആ ഇല്ലത്തെവിടെയായിരുന്നോ കിണർ കിണറിന് സ്ഥാനം ആ കിണർ എവിടെയായിരുന്നു ഉണ്ടായത് ഇവരത് അവിടെ കൊണ്ടുപോയിരുന്ന സമയത്ത് ആ പട്ടൊരു കിണർ കുഴിച്ചു അതിൽ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതുവരെ അവരപ്പോൾ ആ ഇല്ലത്തിനെക്കുറിച്ച് ഒരു പരിചയപ്പെടുത്തൽ നടത്തി തന്നു എന്നിട്ട് അവിടെ പൂമുഖപ്പടി കഴിഞ്ഞിട്ട് പൂമുക എന്ന് പറഞ്ഞ അത് കഴിഞ്ഞിട്ട് അക അകത്തെ നാലുകെട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഇടതുവശത്ത് അതിന് ഈ തെക്കിനി വടക്കിനി എന്നൊക്കെ പറഞ്ഞ് പറയുമല്ലോ അവിടെ ഈ എന്താ ഇതുണ്ട് ആട്ടുകെട്ടിലുണ്ട് ആ ആട്ടുകെട്ടിൽ നമ്മളോട് പറഞ്ഞു സ്വാമിജി ഇരിക്കൂ അവിടെ ഞാനൊരു വിശേഷം പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അവിടെ ഇരുത്തിയിട്ട് അമ്മ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ഇവിടെയാണ് മരിച്ചവരെ കിടത്തുക സ്വാമി ഇരിക്കുന്നിടത്തല്ല നേരെ ടീച്ചർ അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇങ്ങനെ കിടത്തും തെക്കോട്ട് തല വെച്ച് ഇവിടെ വിളക്ക് കത്തിച്ച് വയ്ക്കും ആ സ്ഥലമാണിത് അപ്പൊ ഇവിടെ ഓടിന് ഒരു ഓടിന് ആ അവിടെ ഇതുണ്ട് അറക്കി ഒരു എന്താ മരിച്ചുകൊണ്ട് കിടത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള പലക നീക്കും നീക്കിക്കഴിഞ്ഞാൽ മോളിലേക്ക് ആകാശം കാണും അതിനെ കാണുന്നതാണ് ആ ഒരു ചടങ്ങുണ്ട് പറയാം ഈ ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ഇല്ലത്തിലെ കാരണവര് കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നത് ഈ ആട്ടുകെട്ടിൽ ഇവിടെ ഇരുന്നിട്ടാണ് എന്തിനാണ് പൂർവികന്മാർ ഇങ്ങനെ ഒരു ഇടത്ത് വെച്ച് ഇവിടെ ഇരുന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ പറയാൻ അവർ നിശ്ചയിച്ചത് എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ നാളെ ഇവിടെ കിടക്കേണ്ടവനാണ് എന്ന തോന്നൽ എപ്പോഴും ഇയാൾക്കുണ്ടാവും അതുകൊണ്ട് തീരുമാനങ്ങൾക്കൊക്കെ കുറേയും ഒരു സത്യസന്ധത പൂർണ്ണത ഉണ്ടാവും എന്നാ അമ്മ പറയായിരുന്നു അപ്പോൾ ഒരാചാര്യൻ പറയുന്നത് ഈ ശ്മശാനം സിറ്റിയുടെ നടുക്ക് വയ്ക്കുന്ന സമയത്ത് ഇപ്പം നാം ആ സിറ്റിയുടെ ഏറ്റവും കോർണറിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കും ശ്മശാനത്തിൽ നിന്ന് ഉയരുന്ന പുക ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാൽ ഈ ഡീസൽ വണ്ടിന്ന് കെ എസ് ആർ അല്ല ക്ഷമിക്കണം ഇനി നാളെ അവര് കേസെടുത്താൽ പ്രശ്നമാവും മറ്റ് വാഹനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പുകയുടെ കാര്യം എന്താ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം മലിനം മാലിന്യമാർന്നതല്ല അത് അതിനെയും നമുക്ക് ഇല്ലാതെയാക്കാനൊക്കെ വഴിയുണ്ട് നല്ല കത്തിക്കൽ നടത്തുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇത് ഈ ചളിയൊക്കെ വാരി ചെയ്തിട്ട് ചെലവ് കുറയ്ക്കുമ്പോഴാണ് ഈ ദുർഗന്ധമൊക്കെ ഉണ്ടാവുന്നത് ശരീരത്തിൽ മുഴുവൻ ഒരു ഇതുണ്ട് എന്താ പറയുക നെയ്യുണ്ട് ആ നെയ്യ് അങ്ങോട്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേഗത്തിൽ തുടങ്ങിക്കോളും പരിപാടി അപ്പൊ ഇത് സിറ്റിയുടെ നടുക്കായിരിക്കണം ദിവസവും കാണണം നമ്മളിത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാവും ഇതിപ്പോൾ ഏതോ ഒരു മൂലയിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇതിപ്പോഴൊന്നുമില്ല അതുകൊണ്ട് ശ്മശാനത്തിലേക്ക് കുറച്ച് വളഞ്ഞു പുളഞ്ഞൊക്കെ പോകണം ഇപ്പൊ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അടുത്തടുത്തൊക്കെ ആയിക്കൊണ്ടിരിക്കണം ഇപ്പൊ വിനോബാജി പറയുന്നു ശ്മശാനമാണ് നമ്മുടെ ഗ്രാമത്തെ ഹരിതമാക്കി നിർത്തുന്നത് നിത്യഹരിത പ്രദാനം ചെയ്യുന്ന ഇടമാണത് അതുകൊണ്ട് നിങ്ങൾക്ക് ദേവാലയത്തോട് തോന്നുന്ന ഒരു മനോഭാവം അവിടേക്ക് വേണമെന്നാണ് ഇതൊക്കെ അമ്മ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്താന്നാ തോന്നണം അമ്മ അമ്മയിൽ നിന്ന് എല്ലാ പാഠവും പഠിച്ചത് ഗീത പോലും അതൊക്കെ എന്തൊരു മനോഹരമായിട്ടാണെന്നറി കുട്ടികളെ വളർത്തിയിട്ടുള്ളതാ അമ്മ വിനോബാജിയുടെ വിനോബാജിയെ വളർത്തിയതുപോലെ ഒരു അമ്മ ഒരു കുട്ടിയെ വളർത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരു മഹാത്മാവാവെന്നുള്ളൊരു ഒരു സംശയവും വേണ്ട ഭൂദാനത്തിൻ്റെ ഒക്കെ വിത്തിട്ട് എന്നത് അമ്മയാണ് നാം പറഞ്ഞത് ഭൂദാനം ഭൂദാനം ഭൂമിദാനമായി ചോദിക്കാൻ ഭാരതം മുഴുവൻ നടക്കാൻ പ്രചോദനമേകിയത് ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞതാണ് ഒരു പ്ലാവിൻ്റെ മുകളിൽ എന്നാ ചക്ക ഉണ്ടാവുക ചക്ക നോക്കി നോക്കിയിരിക്കും അമ്മേ ഈ വർഷം ഉണ്ടാവുമോ ഈ വർഷം ഉണ്ടാവുമോ എന്ന് അപ്പോൾ ഒരു ദിവസം ചക്ക ഉണ്ടായി എന്നാ പഴുക്കുക എന്നാ പഴുക്കുക എന്നായി അവസാനം അത് പഴുത്തു ഓ മുറുക്കി നന്ന് വലിയ ഉത്സാഹത്തിൽ വന്നിരുന്നു എനിക്ക് ആദ്യം കിട്ടുമെന്ന് വിചാരിച്ചു ഇല്ല മുറിച്ചിട്ടിങ്ങനെ ഇലയുടെ കുമ്പിളിലാക്കിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ആ വീട്ടുകാർക്ക് ഇത് ഈ വീട്ടുകാർക്ക് ഇങ്ങനെ എല്ലായിടത്തേക്കും നടത്തിച്ച് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കൊടുത്തത് അപ്പൊ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ വേണം നമ്മള് എല്ലാം പറ പഠിച്ചത് അങ്ങനെയാണ് ഒരു വീട്ടിലൊരു കുട്ടി വേറൊരു കുട്ടി എന്താ താമസം ഉണ്ടായിരുന്നു വേറൊരു കുട്ടി അപ്പൊ ആ കുട്ടിക്ക് തണുത്ത ആഹാരങ്ങളൊന്നും കൊടുക്കില്ല ചൂടുള്ള ആഹാരം കൊടുക്കും ഇവന് ഈ വിന്യന് വിളിക്കുക വിന്യനെന്നും ഭാവ വിളിക്കും വിന്യൻ വിന്യന് കൊടുക്കുക ഈ തണുത്തതൊക്കെ കൊടുക്കും അമ്മയും തണുത്തത് കഴിക്കും അപ്പൊ ഒരു ദിവസം പറഞ്ഞു ഈ അമ്മയല്ലേ പറഞ്ഞത് പക്ഷാഭേദം പാടില്ല എന്ന് അമ്മ എന്നോട് കാണിക്കുന്നതോ എനിക്ക് തണുത്തത് തരുന്നു അവന് ചൂടുള്ളത് കൊടുക്കണോ അതെങ്ങനെ ശരിയാവും അമ്മ കുഴങ്ങിപ്പോയിന്നാ അമ്മ പറഞ്ഞു മോനെ അതെനിക്ക് നാരായണനായിട്ട് തോന്നുന്നു ഭഗവാനായിട്ട് നിന്നെ എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങിയിട്ടില്ല തോന്നിക്കഴിഞ്ഞാൽ അത് തീരുന്നു അങ്ങനെ ഭൂദാനവും മറ്റ് പല സംഗതികളും പഠിച്ചതാവട്ടെന്നാണ് പറയുന്നു അപ്പൊ വിനോബാജി പറയുന്ന ശ്മശാനം ശ്മശാനത്തോട് ആരാധന തോന്നണം എന്ന് പറയുമ്പം നമ്മൾ നമ്മുടെ മരണത്തെ ഒന്ന് മനനം ചെയ്യുന്നത് നല്ലതാ എന്നാൽ ഈ ദുഃഖത്തിൽ നിന്നൊക്കെ നിവർത്തി ഉണ്ടാവും അതുകൊണ്ട് ജാതസ് മൃത്യു ധ്രുവ മൃതസ്യ ജന്മ ധ്രുവം തസ്മാത് അപരിഹാര്യ അർത്ഥേ നത്വം ശോചിത്തും എന്ന അർഹസി നിനക്ക് ദുഃഖിക്കാൻ അവകാശം ഇല്ല ദിവസവും ഓർത്തുവയ്ക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ ഏത് നേരം മരണത്തെക്കുറിച്ച് ഓർക്കണം എന്നല്ല ഒന്ന് പേജ് തുറന്ന് വായിക്കുമല്ലോ കിതാബുകളൊക്കെ പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണിത് അതുകൊണ്ട് തന്നെ ഇതിൽ ദുഃഖത്തിന് അവകാശമില്ല ഉറപ്പിച്ചു വെച്ചാൽ നല്ലത് പെട്ടെന്നല്ല വീട്ടിലേക്ക് ഇതൊക്കെ കടന്നു വരുന്നത് വളരെ വളരെ എന്താ അതായത് ഒരു ശാസ്ത്രകാരൻ ഒരു ഗവേഷണം നടത്തിയിട്ടുള്ളതാ ഇതൊക്കെ സ്വാമി പറയുന്നത് നിങ്ങൾക്ക് നന്നായി ഓർത്തുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഉദാഹരണം പറയുമ്പോഴും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു തവളയിട്ടും തിളപ്പിച്ച വെള്ളത്തിൽ തവള വീണത് ഒരൊറ്റച്ചാട്ടം തവള രക്ഷപ്പെട്ടു ചൂടുള്ള വെള്ളത്തിലേക്ക് തവളയെ ഒരു വലിയ പാത്രമാണ് ചരുവം വലിയൊരു ചരുവത്തിൽ തിളച്ച വെള്ളമാണോ തിളച്ച വെള്ളത്തിലേക്ക് തവളയിട്ടപ്പോൾ തന്നെ തവള എന്ത് ചെയ്തു ആ ഒരു ഒറ്റച്ചാട്ടത്തിന് തവള അപ്പുറത്തേക്ക് ചാട്ടി രക്ഷപ്പെട്ടു എന്ന് പറയാം അദ്ദേഹം ഒരു തവളയെടുത്ത് പച്ചവെള്ളത്തിലിട്ടു പച്ചവെള്ളത്തിലിട്ട പതുങ്ങനെ നീന്തി കളിക്കാൻ തുടങ്ങി സാധാരണ നല്ല വെള്ളത്തിൽ അടിയിൽ കൊടുത്തു വെള്ളം അവകാശം ചൂടായി ചൂടായി ചൂടായി ചൂടായി ചൂടായി ചൂടായി ചൂടായി തവള ചാടുന്നില്ല ചൂടായി ചൂടായി ചൂടായി അതിൻ്റെ എക്സ്ട്രീം ചൂടായി തവളതിൽ കിടന്ന് ചത്തും ഇങ്ങനെ ചാവരുത് ഒരു ചാട്ടം എവിടുന്ന് മൃത്യുവാകുന്ന ഇതിന് ടി ഇത് ശാസ്ത്രകാരൻ തെളിയിച്ചതാ നമ്മൾ ഇങ്ങനെയാ ചാവുന്നത് ദിവസം ഇങ്ങനെ ചാവുക ഉദാഹരണം മനസ്സിലായി എങ്കിൽ ജാതസ്യ മൃത്യു ധ്രുവ മൃതസ്യ ജന്മ ധ്രുവം തസ്മാത് അപരിഹാര്യെ അർത്ഥേ നത്വം ശോചിതും എന്ന അർഹസി നിനക്ക് ദുഃഖിക്കാൻ അവകാശം ഇല്ല ദിവസവും ഓർത്തുവെക്കുന്നത് നല്ലതാണ് ഇനിയിപ്പൊ ഏതു നേരം മരണത്തെ കുറിച്ച് ഓർക്കണം എന്നല്ല ഒന്ന് പേജ് തുറന്ന് വായിക്കുമല്ലോ കിതാബുകളൊക്കെ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 ഏതു ഉദാഹരണം പറയുമ്പോഴും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്ന് അറിയാൻ പറ്റില്ലല്ലോ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു തവളയിട്ടും തിളപ്പിച്ച വെള്ളത്തിൽ തവള വീണത് ഒരൊറ്റ ചാട്ടം തവള രക്ഷപ്പെട്ടു ചൂടുള്ള വെള്ളത്തിലേക്ക് തവളയെ ഒരു വലിയ പാത്രമാണ് ചരുവം വലിയൊരു ചരുവത്തില് തിളച്ച വെള്ളമാണ് തിളച്ച വെള്ളത്തിലേക്ക് തവളയിട്ടപ്പ തന്നെ തവള എന്ത് ചെയ്തു ആ ഒരു ഒറ്റച്ചാട്ടത്തിന് തവള അപ്പുറത്തേക്ക് ചാട്ടി രക്ഷപ്പെട്ടു എന്ന് പറയാം അദ്ദേഹം ഒരു തവളയെടുത്ത് പച്ചവെള്ളത്തിലിട്ടു പച്ചവെള്ളത്തിലിട്ട പതുങ്ങനെ നീന്തി കളിക്കാൻ തുടങ്ങി സാധാരണ നല്ല വെള്ളത്തിൽ അടിയിൽ തീ കൊടുത്തു വെള്ളം സാവകാശം ചൂടായി ചൂടായി ചൂടായി ചൂടായി ചൂടായി ചൂടായി ചൂടായി ചൂടായി തവള ചാടുന്നില്ല ചൂടായി ചൂടായി ചൂടായി അതിൻ്റെ എക്സ്ട്രീം ചൂടായി തവള അതിൽ കിടന്ന് ചത്തും ഇങ്ങനെ ചാവരുത് ഒരു ചാട്ടം എവിടെ നിന്ന് മൃത്യുവാകുന്ന ഇത് ടി അത് ശാസ്ത്രകാരൻ തെളിയിച്ചതാ നമ്മൾ ഇങ്ങനെയാ ചാവുന്നത് ദിവസവും ഇങ്ങനെ ചാവുക ഉദാഹരണം മനസ്സിലായി എങ്കിൽ മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം അവ്യക്തീ വ്യക്തമധ്യത അവ്യക്ത നിധന പരിദേവന അവ്യക്തീനി ഭൂതമധ്യനി ഭാരത അവ്യക്ത നിധന തത്ര കാ ചോദിക്കണോ ഭഗവാൻ ഹേ ഭാരത അല്ലയോ അർജുന ഭരദർഷപനായിട്ടുള്ള ഹേ അർജുന ഭൂതാനി ഭൂദാനി എന്ന് പറഞ്ഞ ജീവികൾ ഭൂസത്തായാം ഭവിച്ചത് എന്തൊക്കെ ഭവിച്ചുവോ അതെല്ലാം ഭൂതാനി അവ്യക്താദീനി വ്യക്തമല്ലാത്ത ആദിയോടുകൂടിയിട്ടുള്ളതാ എല്ലാ ഭൂതങ്ങളും അതായത് ഭൂതങ്ങളുടെ ആദി അവ്യക്തമാണ് എന്ന് നമ്മുടെ തന്നെ ആദിയെ കുറിച്ച് നോക്കൂ നമ്മുടെ ആ രൂപം നമുക്ക് പിടികിട്ടുന്നുണ്ടോ ആ കശുവണ്ടി പരിപ്പിൽ നിന്ന് പിറകിലേക്ക് പോയി അതിൽ നിന്നും പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ആ ഒരു രേതസിൽ തന്നെ എത്ര ആളുകളാണ് നമ്മളെപ്പോലെ ഒരു പതിനായിരങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അതിൽ ഒരാളെ അവിടെ മുന്നിലെത്തുന്നുള്ളൂ ഓട്ടത്തിൽ ആദ്യം എത്തിയവൻ രക്ഷപ്പെട്ടു ബാക്കിയുള്ളവനെല്ലാം വിട്ടുപോയി അപ്പം ഞാൻ എന്നാൽ ആ പിന്നീടാണല്ലോ എനിക്ക് വാലും ആ വാലൊക്കെ തന്നെ ശാസ്ത്രം എന്താ പറയുക പറയുന്ന പ പഠിപ്പിച്ച് തരുന്ന സമയത്ത് ഇത് ഒരു വാലൊക്കെ ഉണ്ട് തിന് എന്നാ ഇത് ശരിക്കും പറഞ്ഞാൽ ശൂന്യാകാശത്തിലേക്ക് ഇത് പോകുന്നത് പോലെയാണ് പല എന്താ ഇതും പഠിക്കാൻ പല ഘട്ടങ്ങളിലും വെച്ച് പലതും കൊഴിഞ്ഞു കൊഴിഞ്ഞു വീഴുന്നത് പോലെയാണ് ഗർഭപാത്രത്തിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ വിട്ടുപോയിട്ടുണ്ടാവൂ യാത്രയ്ക്ക് വേണ്ടി മാത്രം എന്താ എടുത്തിട്ടുള്ളത് അപ്പൊ ആ രൂപം തന്നെ എനിക്ക് വ്യക്തമല്ല അതായത് ഇവിടെ പറയണോ ഭൂതാനി അവ്യക്താദീനി വ്യക്തമല്ലാത്ത ആദിയോട് കൂടിയിട്ടുള്ള ആദിയോട് കൂടിയിട്ടുള്ളതാണ് ഭൂതങ്ങൾ വ്യക്തമധ്യാനി എന്ന മദ്യം മാത്രം വ്യക്തമാണ് ഇപ്പം ഇപ്പം ഏകദേശം ഒരു ഷെയ്പ്പൊക്കെ ഉണ്ട് ഈ ഷെയ്പ്പ് തന്നെ പല കണ്ണാടിയിൽ പല രൂപത്തിലാണ് കാണുക കണ്ടിട്ടുണ്ടോ ഒരു കാറിൻ്റെ മുൻപിൽ ഗ്ലാസ്സിൽ പോയി നിന്നോക്കൂ നല്ല നീളുള്ള ആൾ കാണാം വെറുതായി ഇങ്ങനെ ചില കണ്ണാടി നമുക്ക് നല്ല സൗന്ദര്യം തരും അപ്പൊ നമ്മൾ പറയും കണ്ടോ ഇപ്പോഴാണ് എൻ്റെ മുഖം ശരിക്കും നമ്മുടെ വീട്ടിലെ കണ്ണാടി ഒരു വകയ്ക്ക് കൊള്ളില്ല കേട്ടോ അത് മാറ്റണം എന്നിട്ട് ഇത് കൊണ്ടുപോയി വയ്ക്കാം ഒരു സമാധാനം കാണുമ്പം അതാണ് ശരിയായ രൂപം കാണിച്ചു തരുന്നത് ചിലതിൽ നല്ല നീളം തോന്നും ചിലതിൽ അപ്പൊ ഏതാ സത്യം ഈ വ്യക്തം എന്ന് പറയുന്ന തന്നെ അവ്യക്തമാണ് വ്യക്തമധ്യാനി അവ്യക്തനിധനാനി ഇനി വ്യക്തമല്ലാത്ത അവസാനത്തോടുകൂടിയതും ഇനി അവസാനം എന്താവും എന്താവും സ്ഥിതി ഈ എല്ലാം വിഘടിക്കുമല്ലോ ഈ പഞ്ചഭൂതങ്ങൾ പഞ്ചമഹാഭൂതങ്ങളായി തീരുമല്ലോ അതുകൊണ്ട് ആദ്യം അന്തവും വ്യക്തമല്ല മദ്യം കുറച്ച് വ്യക്തമാണ് ഏവാ ഇങ്ങനെ ഇരിക്കെ തത്ര അതിൽ കാ പരിദേവന എന്ത് ഇപ്പൊ ഭഗവാൻ പല പ്രകാരത്തിൽ അർജുനോടും അതായത് ഏതൊരു അജ്ഞാ ഏത് അജ്ഞാനത്തിൽ നിൽക്കുന്ന ഒരാളോടും ആ തലത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ ചോദ്യങ്ങൾ ചോദിക്കുക എന്തിനാണ് എന്ന് പറഞ്ഞാൽ ഇവന് വീണ്ടും മുന്നിൽ മുൻപിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ഭഗവാൻ അതിന് കൊടുക്കുന്ന ഉത്തരങ്ങൾ രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഭഗവാൻ അർജുനൻ അർജുനനോട് പറയുന്നു ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച് അത് അറിവിൻ്റെ ഏറ്റവും ഔന്നിത്യമാർന്ന തലമാണ് ഉയർന്ന തലം എന്ന് പറയാം അതിനെ ദൈവികം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അർജുനനിൽ അർജുനൻ അങ്ങേയറ്റം യുക്തിഭദ്രനാണ് എന്ന് നമ്മൾ കണ്ടു അതുകൊണ്ട് അർജുനൻ മനസ്സിൻ്റെ അതായത് ചിന്തിക്കുന്ന മനസ്സിൻ്റെ ഉടമയാണ് നമ്മളിലാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ധൃതരാഷ്ട്ര സംബന്ധിച്ച് അല്ലെങ്കിൽ ദുര്യോധനാദികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ശാസ്ത്രത്തിൽ അജ്ഞാനിയുടെയും ജ്ഞാനിയുടെയും ലക്ഷണങ്ങൾ ഒരുപോലെ കാണും അതുകൊണ്ടാണ് ഇതിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള അർജുനൻ പറയുന്നുണ്ടല്ലോ ദുര്യോധനാദികൾ ദു ഈ യുദ്ധത്തിൻ്റെ വിപത്ത് കാണുന്നില്ല അതായത് ചിന്തകളില്ലാത്ത അതായത് ചിന്താശൂന്യമാണ് ദുര്യോധനൻ എന്ന് പറയുക ചിന്താശൂന്യം രണ്ട് പ്രകാരത്തിലുണ്ട് ചിന്താരാഹിത്യവും ചിന്താശൂന്യവും അതായത് ദുര്യോധനെ സംബന്ധിച്ച് ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചോ മറ്റുള്ളതിനെ ഒന്ന് കുറി ഒന്നിനെക്കുറിച്ചുള്ള ആലോചനകളേ ഇല്ല അങ്ങനെ ഒരാൾക്ക് യുദ്ധത്തിലേക്ക് എടുത്തു ചാടാം അതേ സമയത്ത് ചിന്തകളൊന്നുമില്ലാത്ത ഒരാൾ ഒരു ചിന്തയും ഇല്ലാത്ത ഒരാൾക്കും യുദ്ധത്തിലേക്ക് പ്രവേശിക്കാം അതാണ് ഇത് ഇതിൻ്റെ വേറൊരു രസം ഇതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ആൾക്കോ അയാൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പൊ അർജുനൻ ഒരു പാലമാണ് അർജുനിങ്ങോട്ട് എന്താ പറയുക തിരിഞ്ഞ് നടക്കാൻ അർജുന അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് ദുര്യോധനിലേക്ക് ഒരു പതനം അർജുനന് സാധ്യമല്ല പിന്നെ അർജുന ഏകാശ്രയം ഭഗവാനിലേക്ക് ഇപ്പുറം കടക്കുക എന്നുള്ളതാണ് അപ്പൊ ഭഗവാൻ ഇവിടെ ചെയ്യുന്നത് അർജുനന് ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുകയാണ് അതുകൊണ്ട് താൻ ഏതൊരു മനോമണ്ഡലത്തിലാണ് അവിടെയാണ് അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് തൻ്റെ തന്നെ താനാണ് തൻ ആത്മാവായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ തന്നെക്കുറിച്ച് പറയുന്നു അവ്യക്താധീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാനിയേവ തത്രക്ക പരിദേവന അതായത് നമ്മുടെയൊക്കെ ആദി ആരംഭം വ്യക്തമല്ല നമ്മുടേത് മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൽ പലതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ വിസ്തരിച്ച് നടക്കുകയാണ് മനസ്സിലാക്കേണ്ടതാണ് ഒരുപാട് കാര്യങ്ങൾ വിസ്തരിച്ച് നടക്കണം ഇപ്പം നാം നാമമായിട്ട് അടുത്തു കഴിയുന്ന മൃഗങ്ങൾ അതിൽ പശു അതുപോലെ നായ അതുപോലെ പൂച്ച അതുപോലെ നമ്മൾ വളർത്തുന്ന പല മൃഗങ്ങൾക്കും നമ്മളോട് നന്നായിട്ട് സംവദിക്കാൻ സാധിക്കും നമ്മുടെ കാറിൻ്റെ ഹോണ് എത്രയോ ദൂരേന്ന് അവൻ തിരിച്ചറിയും വീട്ടിൽ നിന്ന് മറ്റ് ഹോണുകളൊക്കെ ആ ഹോണിൻ്റെ ഇടയിലൊന്നും നമ്മുടെ വണ്ടിയുടെ ഹോണ് കേട്ട് കഴിഞ്ഞാൽ ഒപ്പം നമ്മുടെ വീട്ടിലെ നായ എഴുന്നേൽക്കുമല്ലോ എന്നിട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകും അങ്ങനെ പലതും തിരിച്ചറിയാനുള്ള അവരുടെ കഴിവ് അവർക്ക് വിവേകമുണ്ട് വീട്ടിലാരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കതറിയാം അവരും വിഷമത്തോടുകൂടിയിരിക്കുന്നു നമ്മുടെ അറിവിൽ ഒരാൾ ആക്സിഡൻറ്റിൽ അയാൾ എപ്പോഴും നായയെ കൊണ്ട് നടക്കുന്ന ആളാണ് അയാൾ ആക്സിഡന്റിൽ മരിക്കുക നായും ഇതുപോലെ മൂന്നാമത്തെ ദിവസം സ്വയം പട്ടിണി കടന്ന് മരിക്കണം അപ്പൊ മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല അല്ലെങ്കിൽ മൃഗങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പുരാണത്തിലൊക്കെ അല്ലെങ്കിൽ എന്താ ശകുന്തളയുടെ വേർപാട് സഹിക്കാൻ പറ്റാതെ മുല്ലവള്ളി ഊർന്നു വീഴുന്നതൊക്കെ നമ്മൾ വായിക്കും വൻ വൃക്ഷങ്ങൾക്കും തളരുകൾക്കും അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ വികാരങ്ങളുണ്ട് ഇതൊക്കെ ഇന്നിപ്പം പഠനത്തിന് വിഷയമാണ് ഇപ്പൊ സ്വാമി പറഞ്ഞു വന്നത് ഇവിടെ ലക്ഷോഭിലക്ഷം ജീവജാലങ്ങളുണ്ട് ലക്ഷക്കണക്കിന് ഇവിടെ ഒരു സംശയം ഇതിൻ്റെ ജനസംഖ്യാ വർധനവിനെക്കുറിച്ചൊക്കെ ചോദിച്ചുവെങ്കിലും അത് വളരെ ഗൗരവമാർന്ന ഒരു ചോദ്യം തന്നെയാണ് അപ്പം നമ്മൾ ഇതിനെ നാം കണക്കുകൂട്ടിയിട്ട് നാം പറയുകയാണ് ഈ ജനപ്പെരുപ്പം എന്നൊക്കെ അത് നമ്മുടെ പലതിനെയും ആശ്രയിച്ചിട്ട് നാം പറയുന്നതാണ് ഇത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മൊത്തത്തിലൊരു വിലയിരുത്തല് നടത്തി കഴിഞ്ഞാൽ എവിടെയാണ് ഇത് പെരുകുന്നത് അതുകൊണ്ടാണ് രമണാശ്രമത്തില് ഈ എന്താ പറയുക രണ്ട അതെ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് സമയത്താണെന്ന് തോന്നുന്നുണ്ട് മഹർഷിയോട് വന്നിട്ട് പറഞ്ഞു ഇനി നമ്മുടെ എവിടെ എവിടെയെങ്കിലും ബോംബ് വീണാൽ എന്താ ചെയ്യാം അപ്പൊ മായയാകുന്ന ബോംബ് മായയാകുന്ന ലോകത്തിൽ വീണാൽ എന്ത് സംഭവിക്കാനാണെന്ന് മഹർഷി തിരിച്ചു ചോദിച്ചു അപ്പൊ ഇതൊക്കെ കാലഗണന നമ്മുടെ ആയുസ് പിന്നെ മറ്റ് പലതും എല്ലാം എന്താ ഒന്നും കൃത്യമായിട്ട് നമുക്ക് ഇതാ ഇത് ഇങ്ങനെ ഈ എന്താ അളന്ന് തിട്ടപ്പെടുത്താവുന്നതല്ല ഇതൊന്നും തന്നെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും പെട്ടെന്നുണ്ടാവുന്ന ദുരന്തങ്ങളൊക്കെ നമ്മളതിനെ പല പേര് കൊടുത്ത് ഇന്നും പത്രങ്ങളൊക്കെ ഈ കഴിഞ്ഞ ഈ ഇതാ ഈ വർഷം പോയി മറയാൻ പോവുകയാണ് ഈ വർഷം മറിയുന്ന സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു ഈ സുനാമിയെക്കുറിച്ച് കടലിനെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കടലിനെ ചിത്രീകരിക്കുന്നത് ആ കടലിന്റെ താണ്ഡവം കടലിന്റെ പേക്കൂത്ത് അങ്ങനെ ഓരോരുത്തർക്ക് അവർക്ക് എന്ത് സംസ്കാരമാണോ ആ സംസ്കാരത്തെ അവർ കടലുമായി താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് അവർ കടലിനെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കുന്നു കടൽ അതിൻ്റെ പ്രതിപ്രവർത്തനം നടത്തുകയാണ് ഈ കടലാക്രമണം ഇതൊക്കെ തന്നെ നമ്മൾ തെറ്റായി പ്രയോഗിക്കുന്ന കടലൊരിക്കലും ആക്രമിക്കാറില്ല കടൽ അതിൻ്റെ പ്രതിപ്രവർത്തനം നടത്തുന്നു അത്രമാത്രമേ ചെയ്യുന്നു കടൽ തീരത്ത് കൊണ്ടുപോയി വീട് വെച്ചിട്ട് ആ വീ കടൽ എന്താ അധികരിക്കുന്ന സമയത്ത് ആ കടൽ പോയി കഴിഞ്ഞാൽ അതിന് ഉടനെ കേന്ദ്രമന്ത്രി രാജിവയ്ക്കണമെന്നോ അല്ലെങ്കിൽ ഇത് മുഴുവൻ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു തമാശയായിട്ട് കണക്കാക്കേണ്ട ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിതിനെയൊക്കെ കാണുന്നത് അപ്പോൾ പ്രകൃതിയെ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ കർമ്മയോഗം വരുന്ന സമയത്ത് നമ്മളിതിനെക്കുറിച്ച് വിസ്തരിച്ച് ചർച്ച ചെയ്യും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ രാജ്യവുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സംസ്ഥാനവുമായി അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബവുമായി ഈ പരമമായ സത്യത്തെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് നാം പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഞാൻ ഈ അതിരുകളെയൊക്കെ മാറി നിന്ന് വേണം നോക്കി കാണാൻ അപ്പൊ കുറേയും കൂടെ തെളിഞ്ഞു കിട്ടും നമുക്ക് അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്ന അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഇങ്ങനെയൊന്ന് ചിന്തിച്ചോളൂ ഇവിടെ ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ നാം കാണാത്തത് തന്നെയുണ്ട് ലക്ഷക്കണക്കിന് നാം ശ്വസിക്കുന്ന സമയത്ത് പുറത്തേക്ക് വിടുന്ന സമയത്ത് കാണുന്നതിനെക്കുറിച്ചല്ലേ നമ്മൾ കണക്കെടുത്തിട്ടുള്ളൂ ഇന്ന് ഒരു സ്വാമി ഒരു ചെറിയ പുഴുവിനെ കണ്ടു വളരെ പൊടി ഒരു കുറച്ച് ഒരു ഒരു കൊതുകിൻ്റെ ചിറകെടുത്താൽ അത്ര ഉണ്ടാവും നമ്മുടെ വീട്ടിൽ നോക്കുമ്പോൾ ചൊക്കന്ന കളറാണ് ചൊക്കന്ന ഒരു പൊട്ട് എന്തോ നെറ്റിയിലെ ചെറിയ പൊട്ടിൻ്റെ ഒരു കഷ്ണം വാല് പോലെ നോക്കുമ്പോൾ അതിങ്ങനെ നീങ്ങി പോകുന്നുണ്ട് അപ്പോൾ ആ ഗ്രനൈറ്റിൻ്റെ കളർ അതായി തീർന്നതാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ അത് ഒരു അരമണിക്കൂർ മുക്കാം മണിക്കൂർ അതിനെ ഒരു പച്ച ഇലയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പച്ച നിറാവും ഇങ്ങനെ അത് നമുക്ക് തോന്നുന്നതായിരിക്കാം ചിലപ്പം ചിലപ്പം നമ്മുടെ തോന്നലായിരിക്കാം ആ പുഴു പച്ചയായി പിന്നെ അത് വേറൊരു മഞ്ഞ പ്രതലത്തിലേക്ക് അതിനെ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് മഞ്ഞ പുഴുവായി അതുപോലെ ഒരു മരത്തിൻ്റെ ഒരു വടി ആ ഉണങ്ങിയ മരത്തിൻ്റെ അതിലൂടെ അത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാ നിറമായി ഇതിലേതാണ് സത്യം ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ വെറൈറ്റി ഇങ്ങനെ ലക്ഷക്കണക്കിന് നമ്മുടെ നേത്രങ്ങൾക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ട് ലക്ഷോഭിലക്ഷം ഉദ്ഭിജ സ്വേതജ അണ്ടജ ജരായുജ ജീവജ ഭാവത്തിൽ ഈ പ്രകൃതിയിൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നു ഇതിൽ ആരൊക്കെ ഈ സത്യമറിയുന്നു സത്യമറിയുന്നില്ല എന്നൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ ചെറിയ ചെറിയ ഗവേഷണത്തിൽ പലതും നമുക്ക് അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ടൊക്കെ ഈ മൂട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നാല് കാലിലും മൂ ഈ മൂട്ട കയറാതിരിക്കാൻ വേണ്ടി ചിരട്ട് അല്ലെങ്കിൽ പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിച്ചു വെക്കുക അല്ലെങ്കിൽ അതിൽ മണ്ണെണ്ണ വെക്കുക ഇങ്ങനെ നാല് കാലിലും വെച്ച് കഴിഞ്ഞാൽ മൂട്ട വരില്ല പക്ഷേ മൂട്ട അങ്ങനെ മുകളിൽ കൂടെ പോയി ഏറ്റവും സെൻട്രൽ പോയിട്ട് മൂട്ട വിഷിയാണ് നേരെ ദേഹത്തിലേക്ക് ഇത് അത്ഭുതപ്പെടുത്തുന്നതല്ലേ ഏതൊരാൾ പണ്ടൊക്കെ ഫാന് സ്പീഡ് കൂട്ടിയിട്ട് ആ കൊതുക് വരില്ലായിരുന്നു അപ്പൊ ഫാനൊന്നും കൊതുക് എത്ര സ്പീഡായാലും കൊച്ചിയിലെ കൊതുകിന് അതൊന്നും ഒരു വിഷയമല്ല പതിനഞ്ചും ഇരുപതും നിലകളിലേക്ക് കൊതുക് പോകാറില്ലായിരുന്നു പക്ഷേ ബോംബെയിലൊക്കെ ഫ്ലാറ്റിൽ ലിഫ്റ്റിലാണ് കൊതുകു പോണത് സത്യമാണിത് തമാശയല്ല ലിഫ്റ്റ് തുറന്ന് കയറുന്ന സമയത്ത് കൊതുകും കൂട്ടത്തിൽ കയറുന്നു പതിനൊത്തൊൻപതാം തീയതി ഇരുപതാം തീയതി നില ലിഫ്റ്റ് തുറക്കുന്ന സമയത്ത് കൊതുകും പുറത്തേക്ക് വന്നിട്ട് ആ ഡോറിനവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും നിങ്ങൾ വേണമെങ്കിൽ നോക്കോളൂ സന്ധ്യാസമയത്തൊക്കെ ഡോറിൻ്റെ പുറത്ത് അങ്ങനെ നിൽക്കുക കൊതുകിനറിയാം ഈ വീട്ടിലാളുണ്ട് ഇത് ഇയാൾ എന്നെങ്കിലും തുറക്കാതിരിക്കില്ല തുറന്നു കഴിഞ്ഞാൽ ഉടനകത്ത് കയറേ അവരവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് നിലനിൽക്കാൻ അവർ അവരുടെ സന്താനോത്പാദനത്തിന് അവരുടെ ഭക്ഷണത്തിന് അവരുടെ നിദ്രയ്ക്ക് അവരുടെ ജീവിതത്തിന് ഉള്ള പദ്ധതികളോ അവരും ആസൂത്രണം ചെയ്യുന്നുണ്ട് അവരുടേതായിട്ടുള്ള എന്താ തലത്തിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ഗവേഷണ വിഷയമാക്കാവുന്നതാണ് പക്ഷേ നമ്മളെപ്പോലെ അവർക്ക് വിനോദം പിന്നെ ഒരു ക്ലബ്ബുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അവർക്ക് ക്ലബ്ബൊന്നുമില്ല ഒരു ഗീതാജ്ഞാന യജ്ഞം ഇല്ല അതില്ല അതുകൊണ്ടൊരു വേദപഠനം ഓത്തുപള്ളി ആരാധനാലയം ഇതൊന്നും അവർക്കില്ല അത് ഭഗവാൻ തന്നെ അതിനെ വളരെ കൃത്യമായിട്ട് അതിനെ ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് വിട്ടിരിക്കുക അതുകൊണ്ട് അവർ പ്രകൃതിക്കൊരിക്കലും അവർ ഒരു ഹാനിയല്ല അതുകൊണ്ട് അവരുടെ ഇടയിൽ വംശം അധികരിക്കുന്ന പ്രശ്നമോ വംശനാശം നമ്മുടെ ഇടപെടൽ അവരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് ഇന്ന് ഭൂമിയിൽ നമ്മുടെ ഇടപെടൽ കാരണം പലർക്കും പ്രശ്നമാണ് പല സസ്യങ്ങളും പല വൃക്ഷങ്ങളും പല ജീവജാലങ്ങൾക്കും വംശനാശം വന്നുകൊണ്ടിരിക്കുക വിവേകിയായിട്ടുള്ളവരാ നമ്മൾ പക്ഷേ നമ്മുടെ സ്വാർത്ഥത കാരണം നമുക്ക് പലതും സംഭവിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ അജ്ഞാനത്തിൽ നിന്ന് നാം തന്നെ അനുഭവിക്കുന്നതാണ് അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഈ തരത്തിലുള്ള ചർച്ചകളൊക്കെ മൂന്നാം അധ്യായത്തിലും തുടർന്നുള്ള അധ്യായത്തിലും ചെയ്യിക്കും ഇപ്പൊ ഇവിടെ ആത്മാവിനെക്കുറിച്ച് ആ സമയത്ത് ഉണ്ടാകുന്ന സംശയങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയങ്ങളാണ് അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ നല്ലത് തന്നെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യുമ്പം ആത്മാവിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് പറയുന്നു അതിന് ഏറ്റമോ കുറച്ചിലോ ഇല്ല അത് വർദ്ധിക്കുന്നില്ല അതിന് തിരോധാനവും ഇല്ല പിന്നെയോ അത് അവ്യക്തം അചിന്ത്യം അത് വ്യക്തമല്ല ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല അത് അതുകൊണ്ട് ആരെങ്കിലും ആത്മാവിനെ അറിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നവനാർ എന്ന ചോദ്യമുണ്ടാവും അറിഞ്ഞവനാര് അതിൽ ത്രിപുടി എന്ന് പറയും ത്രിപുടി എന്ന് പറഞ്ഞാൽ അറിയുന്ന അറിയുന്നവൻ ഞാൻ അറിയുന്ന ഒന്ന് അറിയുക എന്ന പ്രക്രിയ ഈ ത്രിപുടികൾ ഇല്ലാതെയാവുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുക വിജ്ഞാനം മറ്റുള്ള എല്ലാ അറിവുകളിലും ഞാൻ ഇന്നതിനെ അറിഞ്ഞു ഈ അറിവ് അങ്ങനെയല്ല അങ്ങനെ അറിയാൻ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക ഇത് ഇവിടെ വിസ്തരിക്കാൻ പോകുന്നുണ്ട് അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യവ പരിദേവന അപ്പൊ ദുഃഖത്തിന് ഇത് ഒരിക്കലും കാരണമായി ഭവിക്കരുത് എന്തുകൊണ്ടെന്നാൽ ഈ ജീവ ഈ ജീവജാലങ്ങളുടെ എന്തൊക്കെ ദൃഷ്ടമായി കാണപ്പെടുന്നുണ്ടോ അതിൻ്റെയൊക്കെ ആരംഭവും അതിൻ്റെയൊക്കെ ഒടുക്കവും അതിൻ്റെ മദ്യവും മദ്യവും എന്ന് പറഞ്ഞാൽ ആദാ വന്ദേച്ച എന്നാസ്തി തത് മദ്യ കാലേപിച്ച് എന്നാണ് ആദിയിലെന്താണോ അവസാനം എന്താണോ മദ്യത്തിലും അത് എന്നാണ് പക്ഷേ തൽക്കാലം തോന്നുന്നു നമുക്ക് നാം നിലനിൽക്കുന്നു എന്നും തോന്നൽ മാത്രമാണ് ഇനി ഇതിൻ്റെ എന്താ ആത്മാവിനെ ദർശിച്ച അല്ലെങ്കിൽ ആ എന്താ ല ഒരു അനുഭവത്തെയൊക്കെ ഭഗവാൻ ചിത്രീകരിക്കുക അടുത്ത ശ്ലോകം അതിഗംഭീരം അതിഗംഭീരം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിൻ ആത്മാവിനെ അറിഞ്ഞനുഭവിച്ചവര് ഇന്ന് പറയില്ല നാളെ പറയൂ ആത്മാവിനെ ദർശിച്ച അല്ലെങ്കിൽ ആ എന്താ ഒരു അനുഭവത്തെയൊക്കെ ഭഗവാൻ ചിത്രീകരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് നോക്കാം പശ്യ ആശ്ചര്യവത് വ്യവനമൃണോതി ശ്രുവാ ആശ്ചര്യവത് പശ്യ കിം ആശ്ചര്യവത് വദതി തയ്യാ ആശ്ചര്യവത് അന്യ ശൃണോതി ശുവാ അപ്പൊ ഏനം വേദ നശിത് പറയൂ കശിത് ഏനം ആശ്ചര്യവത് പശ്യതി കശിത് കശിത് എന്ന് പറഞ്ഞാൽ പതിനായിരങ്ങളിൽ ലക്ഷങ്ങളിൽ ഒരുവൻ കശിത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഉപനിഷത്തിലെ ഒരു പ്രയോഗമാണ് കശിത് ധീരാ പ്രത്യേകാത്മാനം ഐക്ഷ്യത് അനേകരിൽ ഒരുവൻ അന്തരാത്മാവിനെ കണ്ടു കസ്റ്റിദ് ഒരുവൻ അതായത് ഒരുപാട് പേരിൽ ഒരാൾ കസ്റ്റിദ് ഏനം ഏനം എന്ന് പറഞ്ഞാൽ ഇതിനെ ഏതിനെ ആത്മാവിനെ ഏനം എന്ന് പറഞ്ഞാൽ ആത്മാനം ആത്മാവിനെ ആശ്ചര്യവത് പശ്യതി ഒരാശ്ചര്യവസ്തുവിനെ പോലെ കാണുന്നു വളരെ നന്നായി മനസ്സിലാക്കേണ്ടുന്ന വിസ്തരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ ഈ ശ്ലോകത്തിനുണ്ട് എല്ലാ കാര്യങ്ങളും സ്വാമി പറയാം അടു അടുക്കടുക്കായി മനസ്സിലാക്കി വെച്ചോളൂ കൂട്ടിക്കലർത്തണ്ട ഇപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെ കാണുമ്പോഴും ആശ്ചര്യത്തോടുകൂടി പറയാറുണ്ട് ഓരോന്നിനെ എന്താ അങ്ങനെയാണല്ലോ പല സ്തുതികളും ഗീതങ്ങളും ഒക്കെ ഉണ്ടാവുന്നു ഒരിക്കലും ഒരാൾ ഒരു കുറച്ച് കവിതയൊക്കെ എഴുതുന്ന ഒരാളാണ് അപ്പോൾ വളരെ സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ കണ്ടപ്പം അയാൾ അങ്ങനെ എഴുതിയുന്ന നീ എൻ്റെ ജീവിതത്തിൽ സൂര്യനാണ് ജീവിത ആകാശത്തിൽ നീ എനിക്ക് എന്താ നി എൻ്റെ ജീവിതമാകുന്ന ആകാശത്തിൽ ഒരു തേൻമഴയായി പിന്നെ അതുമല്ലെങ്കിൽ ഒരു മിന്നൽ പിണരായി അതുമല്ലെങ്കിൽ ഒരു എന്താ വെണ്ണിലാവായി അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എഴുത്തെഴുതി കൊടുത്തു എന്നാ അപ്പോൾ അവർ അയാൾക്കൊരു മറുപടി കൊടുത്തു മേലിൽ ഇത്തരം കാലാവസ്ഥ റിപ്പോർട്ട് എഴുതി എന്നെ ശല്യം ചെയ്യരുത് ഒരാളെ കാണുമ്പോ ഇങ്ങനെ ആശ്ചര്യത്തോടുകൂടി ഇങ്ങനെയൊക്കെ എഴുതാം കാണാം ആശ്ചര്യവത് പശ്യതി ഇവിടെ ആശ്ചര്യവത് പശ്യതി എന്ന് പറയുമ്പം ഏതൊരാളും ഈ വിശ്വത്തിലെ പലതിനെയും പല പ്രകാരത്തിൽ കാണുന്നു ആദ്യമായിട്ട് ഒരാളെ കൊണ്ടുപോയി ഹിമാലയം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുമ്പോ ഓ എന്ന് പറയും കൈലാസം കൊണ്ടുപോയി കാണുന്ന സമയത്ത് മാനസരസ് കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇത് ഉണ്ടാവുന്നുണ്ട് അതിലൊക്കെ ഉപരി ഈ പരമമായ സത്യത്തെ ഒരുവൻ ആശ്ചര്യത്തോടുകൂടി കാണുന്നു എന്ന് പറയുമ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആശ്ചര്യത്തോടുകൂടി കാണുന്നു കാണുക ദർശനം എന്നുണ്ട് ഈ നേത്രങ്ങളെ കൊണ്ടല്ല അതിലൊക്കെ ഉപരി ഒരുവൻ ഇതിനെ വിഗ്രഹത്തിൽ കാണുന്നു ആശ്ചര്യത്തോടുകൂടിയിട്ട് അവൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വാകച്ചാർത്ത് കാണുമ്പോൾ ആശ്ചര്യത്തോടുകൂടി അതിനെ കാണുന്നു അല്ലെങ്കിൽ അതിൽ പല രൂപങ്ങളുണ്ടല്ലോ ദശാവതാരങ്ങളൊക്കെ ചാർത്തിയിട്ട് അങ്ങനെ കാണുന്നു ആശ്ചര്യത്തോടുകൂടിയിട്ട് അതൊന്ന് പിന്നെ ശ്ലോകത്തെ മുഴുവൻ പറയാം സ്വാമി അതുപോലെ തന്നെ വേറൊരാള് ഏനം ഇതിനെ ആശ്ചര്യവത് വധതി ആശ്ചര്യത്തോടുകൂടി ഇതിനെ പറയുന്നു ഇതിനെക്കുറിച്ച് പറയുന്നു എന്ന് ഇതിനെ സ്തുതിക്കുന്നു അങ്ങനെയാണ് ശങ്കരാചാര്യസ്വാമികൾ ഹസ്താമലകനോട് ചോദിക്കുന്നത് ആരാണ് നീ എന്ന് ചോദിച്ചപ്പം ഞാൻ ആരാണെന്ന് ഹസ്താമലകൻ ഉത്തരം പറയുന്നത് ഹം മനുഷ്യോ നവയക്ഷോ നാഹ്മണക്ഷത്രിയ വൈശ്യശൂദ്ര ന്രഹ്മചാരീ നഗൃീ വനസ്ഥ ഭിക്ഷുർ നാഹം നിജബോധരൂപ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു അസ്താമലകം അതുപോലെ ധ്രുവനോട് ചോദിച്ചപ്പോഴോ ധ്രുവൻ എങ്ങനെയാ പറയുന്നത് യോന്ത പ്രവിശ്യമമവാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യല ശക്തിധരസ്വധാ അന്യാംശ്ചസ്തചരണ ശ്രവണത്വീൻ പ്രാണാന്മോ ഭഗവതേ പുരുഷായ തുഭ്യം അങ്ങനെ ആശ്ചര്യത്തോടുകൂടിയിട്ട് ഇവരൊക്കെ ആശ്ചര്യത്തോടുകൂടി ഇതിനെ പറയുന്നവരാണ് ഈ ഒരു അനുഭവത്തെ വാക്കുകളിലേക്ക് ആവാഹിച്ച സമയത്ത് ആശ്ചര്യഭരിതരായിക്കൊണ്ട് അവർ വാക്കുകളെങ്ങനെ എടുത്ത് പ്രയോഗിച്ചു ചിലർ സ്തുതിക്കുന്നു ഇതിൽ സ്തുതി ഒന്നു വന്നു ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരാള് ഈശ്വരനെ സഗുണമായ ഭാവത്തിൽ തന്നെ ആശ്ചര്യത്തോട് കൂടി കാണുന്നുവെന്നും അതുപോലെ സഗുണമായ ഭാവത്തിൽ ആശ്ചര്യത്തോടുകൂടി സ്തുതിക്കുന്നുവെന്നും അതേ സമയത്ത് നിർഗുണമായ ആ ബ്രഹ്മത്തെ അനുഭവപ്പെടുത്തി താൻ അതിനെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആശ്ചര്യഭരിതമായ വാക്കുകളെ കൊണ്ട് മന്ത്രങ്ങളെ കൊണ്ട് അതങ്ങനെ പ്രകടമാക്കുന്നു ഇതൊക്കെ പറയാം ഇനി അന്യഹ മറ്റൊരുവൻ ഏനം ഇതിനെ ആത്മാവിനെ ആശ്ചര്യവത് ശൃണോതി ആശ്ചര്യത്തോടുകൂടി കേൾക്കുന്നു ആശ്ചര്യത്തോടുകൂടി കേൾക്കുന്നു ആ കേൾക്കുമ്പം തന്നെ എന്തെന്നില്ലാത്തൊരു ആനന്ദം ഉണ്ടാകുന്നു അവിടെ എന്താണ് ശ്രവണം എന്ന് പറയുക അവിടെയാണ് ശ്രവണം വേദം ശ്രവണം ചെയ്യുന്നു ഇപ്പൊ ചിലപ്പോ ചില ആശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാശ്ചര്യം ഓ ഗീതയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ ആശ്ചര്യത്തോടുകൂടി ചിലർ കേൾക്കുന്നു എന്നാല് ചിലരോ ശ്രുത്വ ശ്രുത്വ എന്ന് പറഞ്ഞാല് ശ്രുത്വ കേട്ടിട്ട് എന്നും പിന്നെയോ പറഞ്ഞിട്ടും വക്ത വക്വ പറഞ്ഞിട്ടും പിന്നെയോ ദൃഷ്ടുവ കണ്ടിട്ടും കുദ്വാതം എന്ന് പറയും സംസ്കൃതത്തില് ഇങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞിട്ടും കശിതപി നവേദവ അവനെ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയും ഈ വിഷയം കണ്ടിട്ടും ഇതിൽ കേട്ടിട്ടും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ചിലര് ചിലരിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഒരു വ്യാഖ്യാനം എന്നൊരു വ്യാഖ്യാനം ഇങ്ങനെ ആശ്ചര്യത്തോടുകൂടി കണ്ടിട്ടും ആശ്ചര്യത്തോടുകൂടി കേട്ടിട്ടും ആശ്ചര്യത്തോടുകൂടി പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് വിദ്വാൻമാരുണ്ടല്ലോ ഇവരും കസ്റ്റിദ് ഇതിലും ആരും വേദ അറിയുന്നില്ല ഇതെ അങ്ങനെയും അതിന്റെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെയും കൺ എത്താൻ പറ്റുന്നു പറയുക പറയുന്നവൻ ഇത് അറിയുന്നുവോ ആശ്ചര്യത്തോടുകൂടി കേൾക്കുമ്പോ ഇതിനെ അറിയുന്നുണ്ടോ ഇല്ല ആശ്ചര്യത്തോടുകൂടി പറയുമ്പോഴും ആശ്ചര്യത്തോടുകൂടി കാണുമ്പോഴും ആശ്ചര്യത്തോടുകൂടി കേൾക്കുമ്പോഴും ഇത് സംഭവിക്കുന്നില്ല എന്നും ഇതിൻ്റെ അനുഭവത്തിൽ ആശ്ചര്യ ആശ്ചര്യത്തോടുകൂടിയെ പറയുന്നുവെന്നും ഇനി ഇവിടെ കശ്ചിത് അഭി ഇനി ശ്രുത്വ അഭി കശിത് അഭി എന്ന വേദ അവനൊന്നും തന്നെ അറിയുന്നുമില്ല ഇങ്ങനെ ആരെന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും അതും ഒരാശ്ചര്യമാണ് ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്യുക ഒരു ചെറുപ്പക്കാരനാണ് അത് ഇരുന്ന് ചുവയിങ്ങും ചവച്ചുകൊണ്ടിരിക്കുക ചുവയിങ്ങ അപ്പം നേരെ മുൻപിൽ ഒരു മുത്തശ്ശി ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അമ്മ ഇരിക്കുന്നുണ്ട് അയാളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ചൂയിങ്ങും ഒക്കെ ചവച്ചുകൊണ്ട് ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യണം അപ്പോൾ ഈ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ ഇയാളെ നോക്കുക അപ്പോൾ ഇയാളിങ്ങനെ നോക്കുമ്പോൾ ഒരമ്മ ഇടയ്ക്ക് ഒന്നിച്ചിരിക്കുന്നു പിന്നെ ഇയാൾ അങ്ങോട്ട് നോക്കി ഇങ്ങനെ ചൂയിങ്ങും ചവച്ചുകൊണ്ടിരിക്കും പിന്നെ ഇടയ്ക്ക് ചവച്ചുകൊണ്ടൊക്കെ ഈ അമ്മയെ നോക്കും അപ്പോൾ ഈ അമ്മ മോനെ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇയർഫോൺ എടുക്കാൻ മറന്നുപോയതുകൊണ്ട് മോൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല ആശ്ചര്യവത് ശൃണോതി അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ അവൻ ചോദിക്കാൻ ചോയ്ക്കുക കശ്ചിത എന്ന വേദ അറിയുന്നില്ല അപ്പൊ എന്തെങ്കിലും പ്രകാരത്തിൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാണെന്ന് അങ്ങോട്ട് ധരിച്ചേക്കരുത് അതിൻ്റെ സൂചനയാണ് ചിലപ്പോൾ അങ്ങനെയുണ്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പം ഒരു പാദസരം ഉണ്ണിക്കണ്ണെൻ്റെ പാദസരം കണ്ടുവെന്നും അല്ല കേട്ടുവെന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന സമയത്ത് ആരുമില്ല പെട്ടെന്ന് ഞാനാണെങ്കിൽ എനിക്ക് വേഗത്തിൽ തൊഴുത് പോവും വേണം നോക്കുമ്പം അയ്യോ അത്രയും ക്യൂ ഒരു രക്ഷയില്ല അപ്പോഴാണ് ഒരു കുട്ടി എൻ്റെ കൈ പിടിച്ചിട്ട് ഇത് അമ്മ ഇതിലേ അങ്ങോട്ട് നടന്നോളൂ എന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് നടക്കുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കുട്ടിയെ കണ്ടില്ല ഇങ്ങനെയുള്ളതിലൊന്നും നിങ്ങൾ വിഴാൻ പാടില്ല ശാസ്ത്രം പറയുമ്പം അല്ല സ്വാമി ഇങ്ങനെയൊക്കെ അനുഭവമുണ്ടല്ലോ അത് അനു പലപ്പോഴും ഈ അനുഭവം പറയുന്നവർ അവരുടെ അനുഭവമായിരിക്കില്ല പറയുന്നത് മറ്റ് ആരുടെയൊക്കെയോ അനുഭവമാണ് അപ്പം മനസ്സ് മനസ്സിന് പലതും സാധിക്കും ഉണ്ണിക്കണ്ണനെ കാണാനും കാണാനും ഉണ്ണിയേശുവിനെ കാണാനും രൂപമില്ലാത്ത പ്രവാചകന് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കാണാനും എല്ലാം സാധിക്കും രാമകൃഷ്ണദേവൻ പറയും പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഞാൻ ദേവതകളെ ദേവന്മാരെ ഉണ്ടാക്കാമെന്ന ഒരു വിഷമവും ഇല്ല കാരണം മനസ്സാണ് ഈ വിശ്വത്തെ തന്നെ ഉണ്ടാക്കി അനുഭവിക്കുന്നത് എന്നിരിക്കെ മനസ്സിനെ എന്താ കൽപ്പിച്ചുകൂടാത്തത് പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ എന്തിലെങ്കിലുമൊക്കെ പോയി ഉടക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല അതുകൊണ്ടിവിടെ ശ്രദ്ധാപൂർവം നമ്മളോട് പറയുന്നു എന്തുകൊണ്ട ആളുകൾ കൃഷ്ണനെ ധ്യാനിക്കുന്നവർ കൃഷ്ണനെ മാത്രം കാണുന്നത് ക്രിസ്തുവിനെ കാണാത്തത് ക്രിസ്തുവിനെ ധ്യാനിക്കുന്നവർ ക്രിസ്തുവിനെ കാണുന്നു കൃഷ്ണനെ കാണുന്നില്ല അതെന്താണ് ഇങ്ങനെയുള്ള എല്ലാ മിഥ്യാധാരണകളും ഇവിടെന്ന് മാറുന്നു ഇവിടെ പറയുന്ന സത്യം ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് ഇവിടെതാ വളരെ കൃുകൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിൽ ഞാൻ കണ്ടു അവൻ കണ്ടില്ല ഞാൻ ഇതിനധികാരി അവൻ ഇതിനധികാരിയല്ല അങ്ങനെയൊക്കെ തോന്നുമേ കാരണം ഞാൻ കുറച്ചു കാലമായിട്ട് മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് അപ്പം മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് വാക്കച്ചാർത്ത് തൊഴുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക ഇന്ന പാരായണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു എനിക്കൊരു ദിവസം ദർശനം തന്നു ഏയ് സ്വാമി അപ്പം കൂറൂരമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ കൊടുത്ത് അത് കൂറൂരമ്മയോട് ചോദിക്കണം അതെ സ്വാമി ഒരു ആരെയും നിഷേധിക്കാനോ ആരെങ്കിലും പരിഹസിക്കാനോ ഒന്നും പറയല്ല ഭഗവത്ഗീത പറയണം ഭഗവത്ഗീത പറയുമ്പം നിങ്ങൾ ആശ്ചര്യത്തോടുകൂടി കാണാം ആശ്ചര്യത്തോടുകൂടി കേൾക്കാം നിങ്ങൾക്ക് ആശ്ചര്യത്തോടുകൂടി പറയാം ഇതൊക്കെ സംഭവിക്കാം പക്ഷേ ഇവിടെ ഒരു ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് കശ്ചിത് അഭിന്ന ഇവരൊന്നും തന്നെ ഇത് കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞിട്ടും ഒരുത്തൻ പോലും അറിയുന്നില്ല എന്ന് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അനുഭവത്തിന് വിഷയമല്ല എന്ന് വീണ്ടും വീണ്ടും അതായത് എന്തൊക്കെയാണോ ഇതുവരെ നാം പ്രപഞ്ചത്തിൽ അനുഭവിച്ചത് അതെല്ലാം ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് ഒരു അനുഭവമാണിത് അത് ഉപ്പുപാവ സമുദ്രത്തിൻ്റെ ആഴളക്കാൻ പോകുന്നത് പോലെയാണ് ഉപ്പുപാവ പറഞ്ഞു പലരും ശ്രമം നടത്തി നോക്കി ഈ സമുദ്രത്തിന് എത്ര ആഴമുണ്ട് എന്നറിയാൻ അസാധാരം ഉപ്പുപാവ് പറഞ്ഞു ഞാൻ നോക്കാം അങ്ങനെ ഉപ്പുപാവ അവിടെ നിന്ന് ഒരൊറ്റ ചാട്ടം പിന്നെ ഉപ്പുപാവ തിരിച്ചു വന്നിട്ടില്ല എന്നാ കാരണം ഉപ്പുപാവ സമുദ്രത്തിന്റെ ആഴമായി തീരുകയായിരുന്നു ഉപ്പുപാവയ്ക്ക് ഒരിക്കലും ഇത് ഞാൻ ഞാ എന്താ അത് ആഴം അളന്നുകളയാം എന്ന ഒരു ധാരണയിലാണ് ചാടിയത് ചാടിയ സമയത്താണ് നാരായണ ഗുരുദേവന്റെ ദൈവതശകത്തിലെ ശ്ലോക ഓർമ്മ വന്നത് ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം പിന്നെ വേറിട്ടൊരു നിലനിൽപ്പ് വ്യക്തിത്വം ഇല്ല എന്ന് പറയാം ഇതാണ് അനുഭവം ഈ അനുഭവത്തെക്കുറിച്ച് നല്ലൊരു കഥയുണ്ട് വളരെ ചെറിയ കഥയാണ് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും സ്വാമി കഥ പറയുന്നതും തമാശ പറയുന്നതും ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെൻ മാസ്റ്റർ കഥയെക്കുറിച്ച് പറയുന്ന കഥയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർവചനം അങ്ങനെയാണ് ആശ്രമത്തില് പഠിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ട് അത് പറയാം ആശ്രമത്തില് പഠിക്കുമ്പോ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഗുരു കഥ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ ഒരു കുട്ടി ചോദിച്ചു എന്തിനാ ഗുരു ഇങ്ങനെ കഥ പറയുന്നത് കഥയില്ലാതെ കാര്യം നേരിട്ട് പറയും എന്ന് അപ്പൊ അയാൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു അപ്പൊ ഗുരു പറഞ്ഞു ഇപ്പൊ എന്താ ചെയ്യുക ഇവരെ എങ്ങനെയാ ബോധിപ്പിക്കുക ഗുരു പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു ഗുരു അവരെ പുറത്ത് വിളിച്ചിട്ട് പറഞ്ഞു വരൂ അതാ കണ്ടോ അതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നോക്കുമ്പോൾ എന്താ ഒരാള് ഒരു പശുവിനെ ഒരു പശുക്കുട്ടിയെ പിടിച്ചു വലിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക പശുക്കുട്ടി അയാൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ പശുക്കുട്ടി അങ്ങോട്ട് പോവുക അപ്പൊ അയാൾ കുറച്ച് പുല്ല് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എന്നിട്ട് പുല്ല് കാണിച്ചിട്ടാണ് ഈ പശുവിനെ പശുക്കുട്ടിയെ കൊണ്ടുപോകുന്നത് ദയം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കഥകളെല്ലാം പുല്ലുകളാണ് മക്കളെ പുല്ലുകൾ അത് കണ്ടാലേ നിങ്ങൾ കൂടെ വരുള്ളൂ എന്ന് പറഞ്ഞു ഇത് ഞാൻ കാണിച്ച് നിങ്ങളെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നു ഇത് നമ്മുടെ പഴയ ഒരു രീതിയാണ് അപ്പൊ കഥകൾ ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ് ഒരു കുട്ടി മത്സ്യം വളരെ കുട്ടിയായിട്ടുള്ള മത്സ്യം ചോദിച്ചു പലരോടും ചോദിച്ചു എന്താണ് ജലം എന്ന് കുട്ടി മത്സ്യം ചോദിച്ചു എന്താണ് ജലമെന്ന് ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു കുട്ടി മത്സ്യമാവണം എന്നിട്ട് നമ്മൾ ചോദിക്കണം ജലമെന്താണ് ഈ കുട്ടി മത്സ്യം ജലമെന്തെന്ന് ചോദിച്ചതുപോലെയാണ് നമ്മളിപ്പോൾ ഈശ്വരനെ ചോദിക്കുന്നത് എന്നും മനസ്സിലാക്കിക്കൊള്ളാം പലരോടും ചോദിച്ചു പലരും ഉത്തരം പറഞ്ഞു ജലം എന്ന് പറഞ്ഞാൽ ജലത്തിലല്ലേ നമ്മൾ വസിക്കുന്നത് അതെയോ എന്നിട്ട് അത് മനസ്സിലാവുന്നില്ലല്ലോ ജലം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണുന്ന ഹെയ് ഇതം സർവം ജലം ഇവിടെ മുഴുവൻ ജലമാണ് ജലമല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ മത്സ്യത്തിന് മനസ്സിലാവുന്നേ ഇല്ല അവസാനം ഈ കുട്ടി മത്സ്യം ഒരു വലിയ മത്സ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാരണവരു മത്സ്യമുണ്ട് വളരെ പ്രായം ചെന്ന് ഒരു യോഗിവര്യനായ ഒരു മത്സ്യം അതിനോട് പോയി ചോദിച്ചു അപ്പൂപ്പ എന്താണ് ജലം എന്ന് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു മോനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം വരാൻ പറഞ്ഞു ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം ജലം എന്താണ് അങ്ങനെ മത്സ്യം ഈ മത്സ്യം മത്സ്യത്തിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്തു എന്നാണ് എന്നിട്ട് അതിൻ്റെ അത് പറഞ്ഞു ഒരു സ്ഥലത്തെത്തിയപ്പം കരയുടെ അടുത്തെത്തിയപ്പം പറഞ്ഞു എൻ്റെ വയറിലേക്ക് കയറിയിരുന്നോളാൻ അവിടുന്ന് ഈ വലിയ മത്സ്യം കുട്ടി മത്സ്യത്തെ തട്ടി കരയിലേക്ക് അങ്ങനെ കരയിലിട്ട് കരയിലിങ്ങനെ ഇളകുന്ന കുട്ടി മത്സ്യം ഇളകുന്ന കുട്ടി മത്സ്യം എന്താ കരയിൽ കിടന്ന് പിടക്കിയായിരുന്നു പെടയ്ക്കുന്ന സമയത്ത് കുറെ പെടഞ്ഞ് പെട്ടെന്നത് എന്താ വെള്ളത്തിലേക്ക് ചാടും പിന്നെ ആ ചാടുന്ന ചാട്ടത്തിൽ പിന്നെ അതിന് വെള്ളം മനസ്സിലാവുക എന്താണ് ജലം എന്ന് അതിനു മുമ്പ് ഈ ജലത്തിലായിരുന്നു അത് കരയിൽ നിന്ന് ഇതെപ്പോഴാണോ വീണ്ടും ജലത്തിലേക്ക് വീണത് എന്നിട്ടത് ഓടിക്കൊണ്ട് എല്ലാവരോടും പറഞ്ഞിരുന്ന ജലം എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം ആ ജലമില്ലാതെ നിലനിൽപ്പില്ല എന്നത് ഒരു അനുഭവത്തിലേക്ക് ഈ ചെറിയ മത്സ്യത്തിന് വരാൻ ആ ആ അനുഭവത്തിലേക്ക് അത് വീഴുകയായിരുന്നു ഇതുപോലെ ഇവിടെ ഭഗവാൻ പറയുന്നു ഇതം സർവം ഇതെല്ലാം എന്താണ് സത്യമാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നു പറയുന്നു കാണുന്നു എന്നിട്ടും കാര്യം പിടിയിട്ടുന്നില്ല എന്ന് തുടർന്ന് ഇനി ആത്മാവിന്റെ ലക്ഷണത്തെ വീണ്ടും പറഞ്ഞ് ദുഃഖത്തിന് അവകാശമില്ല എന്ന് സ്ഥാപിക്കുകയാണ് നോക്കാം നിത്യമവധ്യോയം തസ്മാർ ഭൂതാണി ദേഹി നിത്യമവധ്യോയം ദേഹേ സർവഭാരത തസ്മാ സർവാണി ഭൂതനി നത്വം ശോചിതും അർഹസി ഭഗവാൻ ഇവിടെ അർജുനനെ അർജുനോട് പറയുന്നു അർജുന നമ്മളോട് തന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തില് വസ്തുക്കളെ രണ്ട് പ്രകാരത്തിൽ കാണാം രണ്ട് പ്രകാരത്തിൽ ഒന്ന് ഞാനോടുകൂടിയിട്ട് ഞാൻ ചേർത്ത് ഒന്ന് ഞാനില്ലാതെ നമ്മുടെ കാഴ്ച മുഴുവൻ ഞാനോട് കൂടിയിട്ടാണ് ഞാൻ ചേർത്തുകൊണ്ടാണ് ഈ വിശ്വത്തെ ഞാൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഈ വിശ്വത്തിൽ വിശ്വത്തിലുണ്ട് എൻ്റെ ഏത് കാഴ്ചയിലും ഇതാ സംഭവിക്കുന്നത് ഞാൻ ഇല്ലാതെ കാണുമ്പോഴോ വിശ്വം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു ദേഹി നിത്യം അവധ്യ അയം ദേഹേ സർവസ് ഹേ ഭാരത തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി ഹേ ഭാരത ഭഗവാൻ വീണ്ടും വിളിക്കുന്ന അല്ലയോ അർജുന ഭാരത നമ്മളെയാണ് വിളിക്കുന്നത് ആ അറിവിലായിരിക്കണം നമ്മൾ എന്താ നിറഞ്ഞു നിൽക്കേണ്ടത് എന്ന് ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി ഭഗവാൻ ഇവിടെ അർജുനനെ അർജുനനോട് പറയുന്നു അർജുന നമ്മളോട് തന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ വസ്തുക്കളെ രണ്ട് പ്രകാരത്തിൽ കാണാം രണ്ട് പ്രകാരത്തിൽ ഒന്ന് ഞാനോടുകൂടിയിട്ട് ഞാൻ ചേർത്ത്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 േഹ സർവസ്യ ഹേ ഭാരത തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി ഹേ ഭാരത ഭഗവാൻ വീണ്ടും വിളിക്കുന്നതാണ് അല്ലയോ അർജുന ഭാരത നമ്മളെയാണ് വിളിക്കുന്നത് ആ അറിവിലായിരിക്കണം നമ്മൾ എന്താ നിറഞ്ഞു നിൽക്കേണ്ടത് എന്ന് ഇവിടെ ഭഗവാൻ ഭാരത എന്ന് പറയുമ്പം അറിയാൻ അങ്ങേയറ്റം അറിയാനുള്ള താത്പര്യം ില് നിറഞ്ഞു നിൽക്കട്ടെ അർജുന സർവസ്യ ദേഹെ എല്ലാ ദേഹങ്ങളിലും ദേഹേ എന്ന് പറയും ദേഹ സർവസ്യ ദേഹെ എല്ലാ എല്ലാവരുടെയും ശരീരത്തിലെ അയം ദേഹി ദേഹി എന്ന് പറഞ്ഞാല് ദേഹം അസ്യ ഇതി ദേഹി എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് ദേഹത്തെ ധരിച്ചിട്ടുള്ള ഈ ജീവാത്മാവ് നിത്യ നിത്യനാകുന്നു ഇത് അവധ്യഹ വധിക്കപ്പെടാവുന്നവനല്ല ഇത് നിത്യ വധിക്കപ്പെടാവുന്നവനല്ല തസ്മാത് അതുകൊണ്ട് സർവാണി ഭൂതാനി എല്ലാ സൃഷ്ടിവർഗങ്ങളെക്കുറിച്ചും ത്വം ശോചിതും ന അർഹസി നിനക്ക് ദുഃഖമുണ്ടാകാൻ അവകാശം ഇല്ല അപ്പൊ എല്ലാ ദേഹത്തിലും ദേഹിയായി നിലനിൽക്കുന്ന ജീവാത്മാവായി നിൽക്കുന്ന ഇപ്പൊ ഈ ജീവൻ ആത്മാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനാത്മാവല്ല അതായത് നമ്മളിതിൽ സൂക്ഷ്മമായിട്ട് പോകുമ്പോൾ മനസ്സിലാക്കുന്ന മൂന്നെണ്ണമുണ്ട് അതായത് ശരീരത്തിൽ നിന്ന് അന്യമായി നിൽക്കുന്ന അതായത് ഈ സംവാദം ഇപ്പം മനസ്സും അതായത് വേണമെങ്കിൽ നമുക്കിങ്ങനെ കാണാം ശരീരവും മനസ്സും ബോധവും തമ്മിലാണ് ശരീരത്തിൻ്റെ നിലവാരത്തിലാണ് ധൃതരാഷ്ട്രം നിലകൊള്ളുന്നത് അല്ലെങ്കിൽ ദുര്യോധനാധികൾ അതിൻ്റെ തൃപ്തി അതിൻ്റെ പിടിച്ചടക്കൽ അതിൻ്റെ സംരക്ഷണം ആ വിഷയവികാരങ്ങൾ അതിൽ നിലകൊള്ളാൻ വേണ്ടി മനസ്സ് അതിനെ ശരീരത്തിനെ അതിവർത്തിച്ച് നിൽക്കുന്നു പിന്നെ ബോധം ഈ ബോധ ബോധവും മനസ്സും തമ്മിലുള്ള സംവാദമാണ് അപ്പൊ ഭഗവാൻ അർജുനനെ ഒന്നിങ്ങോട്ടേക്കാണ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരം മനസ്സ് ബോധം ഇനി നമുക്ക് ഇതിനെ പരിചയപ്പെടാൻ ഒന്നുകൂടെ ലളിതമായിട്ട് ഇപ്പൊ നമുക്ക് ശരീരമുണ്ട് അതേസമയത്ത് ഇന്ദ്രിയങ്ങളുണ്ട് ഇതൊക്കെ നമുക്കറിയാം കർമ്മേന്ദ്രിയങ്ങളെ അറിയാം ജ്ഞാനേന്ദ്രിയങ്ങളെ അറിയാം മനസ്സിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് ഏകദേശം ഉറപ്പൊന്നുമായിട്ടില്ല കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എനിക്ക് മനസ്സില്ല എന്ന് അത് ഏകദേശം ഒരു ധാരണയുണ്ട് എന്തൊക്കെയോ ചിലതുണ്ട് ചിന്തകളുണ്ട് സങ്കല്പങ്ങളുണ്ട് പിന്നെ ബുദ്ധിയുണ്ട് ഇല്ല എന്നാണ് എല്ലാവരും പറയാറ് പക്ഷേ ഉണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ട് അതിൽ തന്നെ പല തട്ടുകളുണ്ട് വക്രബുദ്ധി ആ കൂർമ്മ ബുദ്ധി ആ ബുദ്ധി ഈ ബുദ്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇനി നമുക്ക് പരിചയമുള്ള ഒന്നാണ് പ്രാണൻ പിന്നെ ജീവൻ ഇതൊന്നും നമുക്ക് നേരിട്ട് പരിചയമുണ്ടാവില്ല ജീവൻ പറയട്ടെ പ്രാണസ്പന്ദനം പ്രാണന്റെ സ്പന്ദനമാണ് ആ ജീവന്റെ തുടിപ്പിനെ നിശ്ചയി നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നത് ആ സ്പന്ദനം പ്രാണസ്പന്ദനം നിലയ്ക്കുമ്പോൾ ശരീരത്തിൽ ജീവൻ ജീവൻ പോയി എന്ന് സങ്കല്പിക്കണം പക്ഷെ അതിൻ്റെ വീണ്ടും പിറകിലേക്ക് ചില ഗതികളൊക്കെ ഉണ്ട് ഉപനിഷത്തിൽ അതൊരു വിഷയമാണ് എങ്ങനെയാണ് ഒരാള് മരിക്കുന്നത് എന്ന് അത് ഗംഭീരാണ് മരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ആദ്യം പ്പെടുന്നു എന്നാണ് വാക്ക് മനസ്സിൽ വിലയിക്കുന്നു അതുകൊണ്ട് സംസാരിക്കാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെടും പക്ഷേ ആൾ മരിച്ചിട്ടില്ല സംസാരമുണ്ട് സംസാരമില്ല ആളിങ്ങനെ പിന്നെയോ മനസ്സ് പോയിട്ട് പ്രാണനിൽ വിലയിക്കും മനസ്സ് പ്രാണനിൽ വിലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടോ ഇല്ല ഈ വാർദ്ധക്യത്തിൽ ഇതൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വരും ഈ കഴിഞ്ഞ ദിവസം വളരെ വേദന തോന്നുന്ന ഒരു വാർത്ത പത്രത്തിൽ വായിക്കേണ്ടത് ഇറ്റലി ഞാൻ തോന്നിട്ട് നമ്മളെ പോലെ കൂട്ടുകുടുംബം ഏതാണ് അങ്ങേയറ്റം കൂട്ടുകുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ് അവിടെ ഈ ക്രിസ്മസിന് ഇക്കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിന് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് അതിൽ വന്നിരിക്കുന്നു പ്രായമായിട്ടുള്ള ആളുകളെ മുഴുവൻ എടുത്തുകൊണ്ടുപോയിട്ട് ഈ ഓൾഡ് ഏജ് ഹോമിലാക്കിയിരിക്കുകയാണ് അത്ര ക്രിസ്മസ് ദിനത്തിന് അവർ വീട്ടിൽ ഉണ്ടാവുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിൽ വളരെ വേദന തോന്നുന്ന ഒരു ഇതെന്താന്ന് പറഞ്ഞാലോ ഈ ആ കൊണ്ടാക്കിയിരിക്കുന്ന ഈ വൃദ്ധരായിട്ടുള്ള ആളുകളെ ആ ആളുകളെ കാണാൻ പോകുന്നവരുണ്ട് നല്ലവരും ഒക്കെ കാണാൻ പോകുള്ളൂ എല്ലാവരും ഒന്നും കാണാൻ പോകുന്നില്ല അപ്പം കാണാൻ പോകുന്നവർ ചിലരെ കണ്ട് സംസാരിക്കുന്നു ആ സമയത്ത് മറ്റുള്ളവരോട് എന്താ നിങ്ങളുടെ ആരും കാണാൻ വരാത്തത് എന്നൊക്കെ ചോദിക്ക ചോദിക്കുമല്ലോ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ പുതപ്പ് പുതച്ചിട്ട് അങ്ങനെ ഉറങ്ങിയെന്ന് നടിക്കുന്നു എന്ന് പക്ഷേ പുതപ്പ് ഇട്ടിട്ട് ഉള്ളിലിട്ട് കരയാണ് അവർ കരയണു അങ്ങനെയൊരു ഒരു വാർത്തയെ ഈ അടുത്ത കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു വളരെ ഒരു വേദനിപ്പിക്കുന്ന അപ്പം ഉപനിഷത്തിൽ പറയുന്നുണ്ട് പ്രായമായ ഒരാളുടെ അടുത്തേക്ക് കുടുംബക്കാര് അവനോട് ചോദിക്കുന്നു ജാനാസിമാം ജാനാസിമാം എന്നെ പരിചയമുണ്ടോ എന്നെ പരിചയമുണ്ടോ എന്ന് ചോദിച്ച് ചെല്ലുമ്പം പറയണു എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ വാക്ക് മനസ്സിൽ വിലയിക്കാത്തത് ആ സമയം അദ്ദേഹം പറയും എനിക്കറിയാം എന്നൊക്കെ വാക്ക് മനസ്സിൽ വിലയിച്ചു കഴിഞ്ഞാൽ മനസ്സ് മനസ്സിലാവും ഇയാൾ ഇന്നാളാണ് ഇന്നാളാണെന്ന് പിന്നെ മനസ്സിലാവുന്നതും നഷ്ടപ്പെടും മനസ്സ് പോയി പ്രാണനിൽ വിലയിക്കും പിന്നെ പ്രാണൻ മാത്രം ഉണ്ടാവും ജീവൻ ഉണ്ടാവും ആ പ്രാണൻ പോയി ബോധത്തിൽ വിലയിക്കും ബോധം പോയിട്ട് പരമാത്മ ആ ശക്തി വിശേഷത്തിൽ വിലയിക്കും ഈ വിലയനം വളരെ ഭംഗിയായിട്ട് ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഘട്ടം അതിൻ്റെ പടി പടിയായിട്ട് ഇതങ്ങോട്ട് പിറകിലേക്ക് പിറകിലേക്ക് പോകുന്നത് വാക്ക് മനസ്സ് പ്രാണൻ ബോധം ത്മാ അപ്പൊ ശക്തിസ്പന്ദനം പ്രാണസ്പന്ദനത്തിൻ്റെയും പിറകിൽ പ്രാണസ്പന്ദനത്തെയാണ് നാം ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെയും പിറകിലാണ് ബോധം എന്ന് പറയുക അത് ജീവനല്ല ബോധം അതിലാണിതെല്ലാം അതിലാണ് ഇതെല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത് അപ്പൊ ദേഹി സർവസ്വദേഹെ അയം ദേഹി നിത്യ അവധ്യ അത് ഇത് എല്ലാ ശരീരങ്ങളിലും മനസ്സിലാക്കിക്കൊള്ളുക അനേക കുടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ കുടത്തിനകത്തുള്ള ആകാശങ്ങളൊക്കെ ഈ കുടത്തിൻ്റെ അഭാവത്തിൽ ഈ കുടത്തിനൊരു നാശം ഉണ്ടാവും അതിന് പ്രധ്വംസാഭാവം എന്ന് പറയും കുടം ഉടയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഇല്ലായ്മ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് കാരണം അത് നിത്യനാണ് ആ ആകാശം അതുകൊണ്ട് കുടത്തിൻ്റെ ഉടയലിൽ ഇതെന്തുണ്ടാവുന്നില്ല ഈ ആത്മാവിന് നാശമുണ്ടാകുന്നില്ല എന്ന് ഭഗവാൻ വേറൊരു പ്രകാരത്തിൽ പറയണു നിത്യ അവധ്യ നിത്യം വധിക്കപ്പെടുന്നവനല്ല തസ്മാത് അതുകൊണ്ട് സർവാണി ഭൂതാനി എല്ലാ ഭൂതങ്ങളെ കുറിച്ചും സർവാണി ഭൂതാനി പ്രതി ത്വം ശോചിതും ന അർഹസി നീ ദുഃഖിക്കാൻ അവകാശപ്പെടാൻ നിനക്ക് ദുഃഖത്തിന് അവകാശം ഇല്ല എന്ന് പറയും അപ്പൊ നീ എന്തു വേണം നമ്മളോട് പറയാണ് ശരീരത്തിൽ നിന്ന് വിട്ട് മനസ്സിൽ നിന്ന് വിട്ട് ആ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ ആ ബോധത്തിന് ഈ പറഞ്ഞ ജനിമൃതികളോ വൃതിക്ഷയങ്ങളോ ഒന്നുമില്ല എന്ന് പറയാം ആ ബോധത്തിൽ അബോധപൂർവം നാം പ്രവേശിക്കുന്നതിനെയാണ് നിദ്ര എന്ന് പറയുന്നത് ആ നിദ്രയെ അറിവോടുകൂടിയിട്ട് ജാഗ്രതാവസ്ഥയിൽ പ്രാപിക്കുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത് അതാണ് കൃഷ്ണൻ അതിനെ പ്രതിനിധാനം ചെയ്യുന്നു അങ്ങനെ ഒരാൾക്ക് യുദ്ധത്തിൽ പ്രവേശിക്കാൻ വിഷമമില്ല തികഞ്ഞ അജ്ഞാനത്തിൽ നിൽക്കുന്ന ഒരാൾക്കും യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ വിഷമമില്ല നടുക്ക് നിൽക്കുന്ന ആൾക്കാണ് പ്രശ്നം നടുക്ക് നിൽക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് വന്നേ മതിയാവും ഇങ്ങോട്ട് വന്നതിൽ പോയി കഴിഞ്ഞാലോ പ്രശ്നം തീർന്നു എന്ന് പറയാം നോക്കാം അതിനെയാണ് ഭഗവാൻ അടുത്തതായിട്ട് പറയുന്നത് ഭഗവാൻ അർജുനന്റെ ധർമ്മത്തെ ഓർമ്മപ്പെടുത്താണ് സ്വധർമ്മമിച്ച് അപേക്ഷ്യ വികമ്പിത്തും ത്വം അർഹസി ധർമ്മ്യയുദ്ധാ ശ്രേയ അന്യത് ക്ഷത്രിയസേ ക്ഷാത്രധർമ്മം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷത്രിയനായ നിന്നെ സംബന്ധിച്ച് സ്വധർമ്മം സ്വധർമ്മത്തെ ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട് ധർമ്മത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അമ്മ ധർമ്മം തരണേ എന്ന് പറഞ്ഞാൽ എന്താണ് ദാനമായിട്ട് തരണേ എന്നാണ് ഇതെൻ്റെ ധർമ്മമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വകർമ്മം എൻ്റെ ഒഴിച്ചു പാടില്ലാത്ത പ്രവൃത്തിയെ ധർമ്മമായി പറയും സത്യം പറയണം സത്യം വധ എന്നത് ധർമ്മമാണ് ചുരുക്കി പറഞ്ഞാൽ വിശിഷ്ട മൂല്യങ്ങളെല്ലാം ധർമ്മത്തിന്റെ പട്ടികയിൽപ്പെടണം എല്ലാ വിശിഷ്ട മൂല്യങ്ങളെയും ധർമ്മത്തിന്റെ പട്ടികയിൽപ്പെടുത്താം അപ്പൊ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ സ്വമിനെ അറിയൽ ഒരു ധർമ്മമാണ് സ്വധർമ്മമാണ് ഞാൻ ആരെന്നറിയുക അപ്പൊ ധാരയതീതി ധർമ്മ എന്ന് നമ്മള് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞ സമയത്ത് എന്താ അറിയാൻ ശ്രമിച്ചതാണ് ഇപ്പം ബ്രഹ്മമാണ് ഇതിനെ എല്ലാം ധരിച്ചിരിക്കുന്നത് ആ ബ്രഹ്മത്തെ അറിയലാണ് എൻ്റെ ധർമ്മം അത് ക്ഷത്രിയനാണെങ്കിലും ആരാണെങ്കിലും അതാ ജോലി ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നേടാൻ സാധിക്കണം അതാണ് നമ്മുടെ സംസ്കൃതിയിലെ ഒരു മഹനീയമായിട്ടുള്ളൊരു കാര്യം ഏത് ആളും ഏത് ജോലിയാണെങ്കിലും അത് ചെയ്തുകൊണ്ട് ഈ സത്യത്തിൽ വിരാജിക്കുക അതുകൊണ്ടാണ് ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്തേക്കൊക്കെ തത്വോപദേശത്തിനായിട്ട് പണ്ട് ആളുകളെ പറഞ്ഞയച്ചത് അത് ആരും ഇതിനധികാരികളാണ് എന്നുള്ളത് അപ്പം സ്വധർമ്മം സ്വധർമ്മത്തെ അപേക്ഷ അപിച്ച ആലോചിച്ചാലും നോക്കിയിട്ടാണെങ്കിലും നോക്കി നോക്കി നോക്കിയാൽ പോലും വികമ്പിതും വികമ്പിതം എന്ന് പറഞ്ഞാൽ ഇളകാണ് വിശേഷേണ കമ്പത ഇത് വികമ്പ കമ്പനം ഇളക്കം ഇങ്ങനെ ഇളകാൻ ന അർഹസി നീ അവകാശപ്പെടുന്നില്ല നിന്നിലീ ചാഞ്ചല്യം വരാൻ പാടില്ലാത്തതാണ് സ്വധർമ്മത്തെ മുൻനിർത്തി നോക്കിയാൽ കാരണം നിന്നെ നിർമ്മിച്ചതേ ഈ യുദ്ധത്തിനായിട്ടാണ് എന്ന് പറയാം നമ്മോട് പറയാണ് നാം ഈ വികാര വിചാരങ്ങളെ അപ്പുറത്തേക്ക് നമുക്ക് മാത്രമേ യുദ്ധം ചെയ്യേണ്ടതുള്ളൂ മൃഗങ്ങൾക്ക് യുദ്ധത്തിൻ്റെ ആവശ്യമില്ല കാരണം അവരെ അങ്ങനെ അവർക്ക് ധർമാധർമ്മ ബോധങ്ങളൊന്നുമില്ല അവർ വഴിവിട്ട് സഞ്ചരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പക്ഷേ നമ്മെ ആരോ പ്രേരിപ്പിക്കുന്നു മൂന്നാം അധ്യായത്തിലെ വിഷയമാണത് ആരോ പ്രേരിപ്പിക്കുന്നു ആ പ്രേരണയെ നാം ജയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ആന്തരികമായ ഒരു യുദ്ധം ആവശ്യമാണ് അതുകൊണ്ട് നീ ക്ഷത്രിയനാണ് ക്ഷാത്രവീര്യം ഉള്ളവനാണ് വികംപിതും ന അർഹസി എന്തുകൊണ്ടെന്നാൽ ഹി എന്തെന്നാല് ക്ഷത്രിയസ്യ ക്ഷത്രിയന് ാ ധർമ്മയോഗ്യമായ യുദ്ധാത് യുദ്ധ യുദ്ധത്തെക്കാൾ ശ്രേയ അന്യഹ അന്യത് ന വിദ്യതേ ശ്രേഷ്ഠമായി ശ്രേയസ്കരമായി മറ്റൊന്നുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് പറയാം അപ്പൊ ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട് ആ ധർമ്മത്തിൽ നിന്നു വേണം എന്ത് ചെയ്യാൻ കാര്യങ്ങളെ നോക്കിക്കാണാൻ അതുകൊണ്ട് പലപ്പോഴും നമുക്കറിയില്ല ഈ ബോധവത്കരണം ഉദ്ധാരണം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നമ്മളിത് ആലോചിച്ച് വേണം ചെയ്യാൻ അപ്പം നിങ്ങളൊക്കെ പത്രത്തിലും അല്ലെങ്കിൽ മറ്റ് ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ആൻഡമാൻ നിക്കോബർ പോലുള്ള ഐലൻഡുകളിൽ അതിലെ പല ദ്വീപ് സമൂഹങ്ങളിലും കഴിയുന്ന ആളുകളുണ്ട് അവരൊന്നും വസ്ത്രം പോലും ധരിക്കാറില്ല അപ്പൊ ഈ വസ്ത്രം ധരിക്കാത്ത അവരെ കൊണ്ടുപോയിട്ട് വസ്ത്രം ധരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയതാണ് പക്ഷേ അവർ വസ്ത്രം ധരിച്ചതേ ഉള്ളൂ പിന്നെ വസ്ത്രം അഴിക്കുന്നില്ല അതവർക്കറിയില്ല അഴിക്കാൻ അതുകൊണ്ട് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ് ഇവരെ ബോധവത്കരിക്കാൻ വേണ്ടിയിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു തമാശ കേട്ടിട്ടുള്ളത് അട്ടപ്പാടിയിൽ നിന്നും ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരുപാട് ഈ എന്താ ആദിവാസി സമൂഹത്തിലെ ആളുകളെ ഈ അവരുടെ ഉദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ എറണാകുളത്ത് കൊണ്ടുവന്നു ഇവിടെ തന്നെ എന്തിനാണ് ഈ പട്ടണമൊക്കെ ഒന്ന് കാണിക്കാം എന്നിട്ട് അവർക്കും പരിഷ്കാരം വരണം ഈ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ പാൻറ്റും ഷേർട്ടും ഇട്ട് സെൽഫോണൊക്കെ ഉപയോഗിച്ച് മോട്ടോർ സൈക്കിൾ ഓടിച്ചാൽ പരിഷ്കാരമായി എന്നൊരു ധാരണ ഉണ്ടാവുമായിരിക്കാം എന്തോ ആവട്ടെ ഏതായാലും അവരെ കൊണ്ടുവന്നു പട്ടണം കാണിക്കാൻ അവരെ ഷിപ്പയാർഡ് കാണിച്ചു ഇതാണ് ഷിപ്പ്യാർഡ് പിന്നെ ഈ കപ്പലിൽ കപ്പലിൽ കപ്പൽ കയറി കണ്ടു ഓ കപ്പൽ കണ്ടപ്പോൾ ഇത് വലിയൊരു ബിൽഡിങ് വെള്ളത്തിനകത്ത് എന്നൊക്കെ അവരവരുടേതായിട്ടുള്ള ഇതിൽ മനസ്സിലാക്കി അങ്ങനെ ആർക്കോ തോന്നി ഈ നിയമം കൂടെ നിയമം നടപ്പിലാക്കുന്ന കേരള ഹൈക്കോടതി ഒന്ന് കാണാം കോടതിയിലെ ഈ വാദവും തർക്കവും അല്ലെങ്കിൽ കേസ് വിചാരണയും വിധി നടപ്പാക്കലും ഒക്കെ ഒന്ന് കാണട്ടെ അവർ എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ അവർക്കൊരു ബോധവൽക്കരണമാണല്ലോ അങ്ങനെ അവരിവിടെ ഹൈക്കോടതിയിൽ കൊണ്ടുവന്നു ഒരു കേസ് വിചാരണ നടക്കണം അപ്പം അതും അവർ കണ്ടു തിരിച്ചവർ നാട്ടിലെത്തി അട്ടപ്പാട്ടിൽ അപ്പം മൂപ്പന്റെ അടുത്ത് ഹാജരായി ആളുകളെല്ലാം മൂപ്പൻ വന്നിട്ടില്ല മൂപ്പനോ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അപ്പം മൂപ്പനോട് ഇങ്ങനെ ഓരോ കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞു മൂപ്പര മൂപ്പ വലിയ കെട്ടിടമൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ അങ്ങനെ താത്തി വെച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞു പക്ഷെ രസകരമായിട്ടൊരാൾ പറഞ്ഞു മൂപ്പ ഇനി ഞാൻ നാട്ടിൽ പോണ് ഇവിടെ പട്ടണത്തിലേക്ക് പോണെന്നില്ല എന്ന് പറഞ്ഞു എന്താ കാര്യം അപ്പം ഇവിടെ ഒരാളെ അവര് രണ്ടു പേര് ശണ്ട കൂടണം ഇവിടെ കോടതിയിലെ കാര്യം പറയാ രണ്ട് കറുത്ത കോട്ടിട്ടാളുകള് ശണ്ട കൂടണെ ഒരു പാവത്തിനെ കൂട്ടിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അവര് അവര് രണ്ടു പേരും ചണ്ട കൂടിയിട്ട് ഒന്നും പറയാത്ത ഇവനാണ് കുറ്റക്കാരന് മറ്റേ ആള് വിധിച്ച് എന്ത് മൂപ്പ ഇത് എന്ന് ഇനി മേല് ഞങ്ങൾ അങ്ങോട്ടില്ല അയാളെ സംബന്ധിച്ച് ഈ ബാളം ഉണ്ടാക്കിയവരാണ് ആ ധർമ്മം അവന്റെ ധർമ്മം അതാണ് അപ്പൊ സ്വധർമ്മം എന്ന് പറയുമ്പം നമുക്കൊക്കെ ഓരോ ധർമ്മമുണ്ട് അന്യൻ്റെ ധർമ്മം ഭയാവഹമെന്ന് ഭഗവാൻ പറയാൻ പോകുന്നുണ്ട് അപ്പൊ ഒരു ഇതിനെ ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് ഒരു യോദ്ധാം എന്ന നിലയ്ക്ക് ഇനി നമുക്കൊരു മിലിട്ടറി ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഇനി ഒരു കർമ്മം ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വധർമ്മമാണത് സോ ധർമ്മം എന്ന നിലയ്ക്ക് അതിർത്തിയിലേക്ക് ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ സോ രാജ്യത്തിലെ ജനങ്ങളെ നശിപ്പിക്കാനോ മറ്റ് പ്രകാരത്തിലുള്ള വിധ്വംസ പ്രവർത്തനങ്ങൾ കാണുവരുവാൻ വരുന്നതെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യേണ്ടത് ധർമ്മത്തിൻ്റെ നിലയ്ക്കാണ് അതേസമയത്ത് തൻ്റെ വീട്ടിൽ ഒരു ഗേറ്റ് ഒരു ആൾ അതിൽ ചാടി വരുന്ന കള്ളനെ ഇതുപോലെ അതിർത്തിയിൽ ഷൂട്ട് ചെയ്യുന്നത് പോലെ ഷൂട്ട് ചെയ്യാൻ പാടില്ല നിയമം അനുവദിക്കുന്നില്ല അപ്പൊ സ്വധർമ്മത്തെ നോക്കിയാണെങ്കിലും സ്വധർമ്മം അപേക്ഷ അപിച്ച് വികമ്പിതം എന്ന അർഹസി എന്തുകൊണ്ടെന്നാൽ ക്ഷത്രിയൻ ധർമ്മയുദ്ധത്തിന് വിധിക്കപ്പെട്ടവനാണ് അവന് ഇതിനേക്കാൾ ശ്രേയസ്കരമായി മറ്റൊന്നും ഇല്ല ഇപ്പൊ ഇവിടെ ധർമ്മത്തെയും കർമ്മത്തെയും ഈ ധർമ്മവും സത്യവും ധർമ്മവും സത്യവും എന്ന് വേണമെങ്കിൽ പറയാം കർമ്മത്തിൻ്റെ ഈ രണ്ടുമാണ് നഷ്ടപ്പെട്ടത് ധൃതരാഷ്ട്രനിൽ എന്ന് പറയുക അതാണ് രണ്ട് കണ്ണുകളായിട്ട് വേറൊരു ആചാര്യൻ എന്താ പറയുക വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ രണ്ടിൻ്റെ നഷ്ടമാണ് കണ്ണിൻ്റെ നഷ്ടം എന്ന് പറയുക സത്യവും അല്ലെങ്കിൽ ആ കർമ്മവും ധർമാധിഷ്ഠിതമായ കർമ്മം അതുകൊണ്ട് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ ഈ സാധ്യത ഈ ഒരു അവസരം ഈ ഒരു അവസരത്തെ ഉപയോഗിക്കാനും ആ അവസരത്തെ ഉപയോഗിക്കുന്നതിലൂടെ നിനക്ക് വന്നു ചേരുന്നത് എന്താണ് എന്ന് ഭഗവാൻ പറയുന്നു യദൃയാ ചോപന്നം സ്വർഗദ്വാരമൃതം സുഖിനാർഥ ലഭന്ധമീദൃശം വളരെ നല്ല ഒരു മനസ്സിലാക്കാൻ ശ്രമിക്കുക യദൃചയാ ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിനക്ഷത്രിയാ ഹേ പാർത്ത ലഭന്ദേ യുദ്ധം ഈദൃശം ഹേ പാർത്ത അല്ലയോ അർജുന യദൃചയാ ഉപന്നം യർച്ചയ എന്ന് പറഞ്ഞാൽ അവിചാരിതമായിട്ട് അവിചാരിതമായി ഉപപന്നം വന്നു ചേർന്നിരിക്കുന്നത് അപാവൃതം തുറന്ന സ്വർഗദ്വാരം സ്വർഗത്തിൻ്റെ വാതിൽ സ്വർഗവാതിൽ തുറന്നുവെച്ചിരിക്കുക അർജുനന് ഈ ദൃശ്യം യുദ്ധം ഇതുപോലുള്ളൊരു യുദ്ധത്തെ സുഖിനഹ ക്ഷത്രിയ ക്ഷത്രിയഹ ലബന്തേ സുഖിമാന്മാരായ ക്ഷത്രിയന്മാർക്ക് മാത്രം വന്നു ചേരുന്നതാണ് വ്യാസഭഗവാൻ വളരെ ശ്രദ്ധിച്ചാണ് ശ്ലോകം എഴുതിയിരിക്കുന്നത് നോയ്ക്കോളൂ എന്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ യദൃച്ചയ ഉപന്നം ചാരിതമായി വന്നു ചേർന്നത് ഈ മഹാഭാരത യുദ്ധത്തെ നോക്കുകയാണെങ്കിൽ മഹാഭാരത യുദ്ധത്തിന് ഈ വിശേഷണം ചേരില്ല അവിചാരിതം എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് എത്തിച്ചേർന്നിട്ടുള്ളതാണ് ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് സമവേദ യുയുത്സവ യോദ്ധും ഇച്ചു യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുറപ്പിച്ചെത്തിച്ചേർന്ന മാമകന്മാരും പാണ്ഡവന്മാരും അപ്പൊ അവിചാരിതമായി ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ അർജുനനെ സംബന്ധിച്ച് അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യേണ്ടവരല്ല പിന്നെയോ ഇങ്ങോട്ട് താ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ തന്നെയാണ് കാര്യം അവിചാരിതമായി ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ അർജുനനെ സംബന്ധിച്ച് അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യേണ്ടവരല്ല പിന്നെയോ ഇങ്ങോട്ട് ഇതാ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ തന്നെയാണ് കാര്യം അതുകൊണ്ട് നീ എന്താ വേണ്ടത് ഇപ്പം അകത്തുണ്ട് നിനക്കിതാ വെളിപ്പെട്ട് കിട്ടുകയും ചെയ്തു ഇനി നീ എന്ത് വേണം ഒട്ടും വൈകാതെ ഇതൊക്കെ നമ്മളെ സംബന്ധിക്കുന്ന ശ്ലോകമാണ് എതിർച്ചയാച്ച ഉപന്നം സ്വർഗദ്വാരം സ്വർഗത്തിലേക്കുള്ള കവാടമാണ് സ്വർഗം എന്ന് പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇവിടുന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു ലോകമാണ് എന്ന് അങ്ങനെയുണ്ട് ഈ മതങ്ങളുടെയൊക്കെ ഇപ്പൊ സ്വാമി എന്തെങ്കിലും പറയുമ്പം ഒരു മതത്തെയും കുറച്ച് കാണുന്നല്ല ചില തമാശകളൊക്കെ ഉണ്ട് ചില മതങ്ങളെ സംബന്ധിക്കുന്ന അതായത് ക്രിസ്തീയ മതമാണ് സ്വർഗ സങ്കല്പത്തെ കൂടുതൽ പറയുന്നത് എന്ന് പറയാം അതിലെ ഒരു അതിൽ തന്നെ ഒരു എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല അതിൽ തന്നെ വികലമായ ചിന്തകൾ വെച്ച് പുലർത്തുന്നവരുണ്ട് അത് ഹിന്ദു മതത്തിലുണ്ട് ഇസ്ലാം മതത്തിലുണ്ട് മതങ്ങളിലൊക്കെ തന്നെ വേണ്ട അത് ഉം അതിൽ വിഭാഗീയതയൊക്കെ കാണാം എന്ന് പറയാ ഗാന്ധിജിയോ ഗാന്ധിജിയെ കണ്ടിട്ട് തന്നെ ഒരു ഒരു ഫാദർ ഒരിക്കൽ പറഞ്ഞു അത്രേ ഇത് നല്ല മനുഷ്യനാണ് പക്ഷെ നരകത്ത് പോവാതെ ആലോചിക്കുമ്പോഴാണ് കഷ്ടം എന്ന് പറഞ്ഞു അതൊക്കെ എന്താ പറയുക എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ ഒരു സങ്കല്പം ഏതായാലും ഒരു ബുദ്ധഭിക്ഷുവും അതുപോലെ ഒരു സന്യാസിയും മരിച്ചിട്ട് സ്വർഗത്തിൽ പോയിന്ന അപ്പൊ ഇവർ അയൽവാസികളായിരുന്നു ഒരു തമാശയാണത് അയൽവാസികളാണ് ബുദ്ധന ബുദ്ധഭിക്ഷുവാണ് ആദ്യം മരിച്ചിട്ട് അവിടെ എത്തിയത് ഇയാൾ രണ്ടാമത് പോയതാണ് അപ്പൊ ഈ ബുദ്ധഭിക്ഷുവിനെ ബുദ്ധഭിക്ഷു ഈ സന്യാസിയെ സ്വർഗമൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു കാരണം ഇയാൾ ആദ്യം എത്തിയതുകൊണ്ട് അയാൾക്ക് നല്ല പരിചയമുണ്ടായിരുന്നു അയാൾ അവിടെയൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ ഒരു സ്ഥലത്ത് അവർ ഈ ബുദ്ധഭിക്ഷു അദ്ദേഹത്തിനോട് പറഞ്ഞു ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു വളരെ പതുക്കെ നടന്നു പോകുന്നവളാൻ പറഞ്ഞു ഒരു വലിയൊരു ഒരു ഒരു മെഡിറ്റേഷൻ ഹോളാണ് അപ്പം അതിനകത്ത് കൂടെ അവരങ്ങനെ ഒന്ന് വള പതുക്കൊന്നും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവരിങ്ങോട്ട് കടന്നു പോന്നു അപ്പം ഈ സന്യാസി ചോദിച്ചു ബുദ്ധഭിക്ഷുവിനോട് അതെന്താ അത് അവിടെ ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു അതല്ല അവിടെ കുറേ ക്രിസ്ത്യൻ സഹോദരന്മാരുണ്ട് അവരറിഞ്ഞിട്ടില്ല നമ്മൾ വന്നത് അവരല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലയെന്ന് അവരുടെ വിചാരം അതുകൊണ്ട് അവരെ അറിയിച്ച് അവർക്ക് ബഹളം ഉണ്ടാക്കേണ്ട അവരെ വെറുതെ നമ്മൾ വിഷമിപ്പിക്കേണ്ട നമ്മളിവിടെ എത്തി വരണം അപ്പൊ ചില ആളുകൾക്ക് ചില പ്രത്യേകത ദേവ ചില പ്രത്യേക ദേവതകളില് ദേവനിൽ വിശ്വസിച്ചാൽ മാത്രം എത്തിച്ചേരുന്ന ഇടം എന്നല്ല സ്വർഗത്തെ മനസ്സിലാക്കേണ്ടത് സ്വാമി ഇത് പറയുമ്പം ക്രിസ്ത്യ ക്രിസ്തീയ മതത്തെ ഇതാക്കല്ല സ്വാമി അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഋഷി തുല്യനായ ഒരാളാണ് ജീസസ് ക്രൈസ്റ്റ് അതിലൊരു സംശയമില്ല നമ്മൾ എല്ലാ മതങ്ങളെയും ആരാധിക്കുന്നു അത് നമ്മുടെ മതം ആഴത്തിൽ പഠിച്ചിട്ട് പഠിക്കുന്നതിലൂടെയാണ് ഇത് ആഴത്തിലറിയുമ്പം നമുക്കതിലെ ആ സമാനത അതിൻ്റെ അത് നിലകൊള്ളുന്നത് എന്തിലാണ് എന്നൊക്കെ മനസ്സിലാവും അല്ലാതെ സ്വാമിയെ സംബന്ധിക്കുന്ന മതമൈത്രി എന്ന് പറയുന്നത് എന്താ നിങ്ങൾ പറയുന്ന മതമൈത്രിയൊന്നുമല്ല ക്രിസ്മസിൻ്റെ അന്ന് ക്രിസ്ത്യൻ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കുക ഓണത്തിന് ഇവിടുന്ന് രവിയിൽ അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് മേടിക്കുക എന്നിട്ട് ഞങ്ങൾ ഈ മതമൈത്രി മതമൈത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൈബിൾ ആഴത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുവെങ്കിൽ ഖുറാൻ പഠിക്കാൻ പറ്റുന്നുവെങ്കിൽ ഗീത പഠിക്കാൻ പറ്റുന്നുവെങ്കിൽ അതിലൊരു സമാനമായ ദർശനങ്ങൾ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരാളുടെ വീട്ടിലും പോയിട്ട് ഈ ഇതൊന്നും കഴിക്കേണ്ട ആവശ്യമോ ഇവിടെ കൊടുക്ക് അവിടെ ഇങ്ങോട്ട് മേടിക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ കുട്ടികളെ തന്നെ മതമൈത്രി എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ ഒരു കുട്ടിയെ പള്ളിയിലെ അച്ഛൻ്റെ വേഷം കെട്ടും ഒരു കുട്ടിയെ സ്വാമിയാരുടെ വേഷം കിട്ടും ഒരു കുട്ടിയെ മുല്ലാക്കയുടെ വേഷം കെട്ടും എന്നിട്ട് റോഡിൻ്റെ നടുവുകൂടെ ഇങ്ങനെ മൂന്ന് പിള്ളേരും കൈയും പിടിച്ചിങ്ങനെ നടക്കുക ഈ എന്ത് എത്ര കാല ഇത് കാണിക്കാൻ തുടങ്ങിയിട്ട് ഇതാണോ മതബോധം കേവലം ബാഹ്യമായ ചിഹ്നങ്ങളെ ചൂണ്ടി അത് ഈ മൂന്ന് കുട്ടികളെ അന്വേഷിച്ചു കഴിഞ്ഞാൽ മൂന്നും ഹിന്ദു കുട്ടികളാണെന്നറിയാം ക്രിസ്ത്യൻ സ്കൂളാണെങ്കിൽ മൂന്നും ക്രിസ്ത്യൻ കുട്ടികളാണെന്നറിയും മുസ്ലിം സ്കൂളാണെങ്കിൽ മൂന്ന് മുസ്ലിം കുട്ടികളാണ് അപ്പം മതം എന്ന് പറയുമ്പം അത് അതിന് ഇതിന്നൊക്കെ അതീതമാണത് എതിർച്ചയാ ച ഉപന്നം സ്വർഗദ്വാരം സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വരിതം ഗീയത ഇതി സ്വർഗാണ് പുകഴ്ത്തുന്നത് അവിടെ ഇന്ദ്രന്റെ വാസസ്ഥാനാണ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് ഹരം പകരുന്ന ഓരോ കാര്യങ്ങളും അവിടെ കിട്ടും അവിടെയും അവിടെ നിന്ന് അതായതിപ്പോ നിങ്ങൾ സ്വർഗം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി കുറെ കാശുമായിട്ട് ഏതെങ്കിലും ഒരു നല്ല മെട്രോപോളിറ്റൺ സിറ്റിയിൽ വലിയൊരു സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കുക ഇത് അവിടെ നിങ്ങൾ അടുക്കളയിൽ കയറണ്ട പ്ലേറ്റ് കഴുകണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് മെനു കാർഡ് നോക്കി പറഞ്ഞാൽ മതി വിളിച്ചു പറഞ്ഞാൽ കിട്ടും ഇത് തന്നെ ക്ഷീണയെ പുണ്യെ മറത്തിയ ലോകം വിശന്തി ക്ഷീണയെ കാശ് വീണ്ടും വീട്ടിലേക്ക് പഴയ കഞ്ഞി തന്നെ ഇതന്നെ സ്വർഗം അങ്ങനെയുണ്ടല്ലോ നമുക്കൊക്കെ ഒരു സമയം നാം വളരെ സുഖിമാന്മാരായി കഴിഞ്ഞു ഒരു സമയം നമ്മളിത വീണു ഓ അന്ന് എന്തായിരുന്നു അല്ലേ ഇപ്പൊ അതൊക്കെ പോയി സ്വർഗത്തിനധികം പ്രാധാന്യം നമ്മുടെ ഇതിൽ കൊടുക്കുന്നില്ല ഏതായാലും ക്ഷത്രിയൻ എന്ന നിലയിൽ പറയണു ഭഗവാൻ എതിർച്ചയാ ഉപന്നം അവിചാരിതമായി വന്നു ചേർന്നിരിക്കുന്നതും അപാവൃതം സ്വർഗദ്വാരം സ്വർഗത്തിലേക്കുള്ള ദ്വാരം എന്നാ പറഞ്ഞ ഒരു കവാടം ഈദൃശം യുദ്ധം ഇതുപോലുള്ള യുദ്ധത്തെ സുഖിനഹ ക്ഷത്രിയ ക്ഷത്രിയഹ ലബന്തേ സുഖിമാന്മാരായ ക്ഷത്രിയന്മാർക്കാണ് ഇത് വന്നു ചേരുന്നത് അപ്പൊ സുഖാനുഭവങ്ങൾ സുഗമമാകണം എങ്കിൽ കാമാദികളെ ജയിക്കേണ്ടതുണ്ട് ഈ കാമാദികളെ അങ്ങോട്ട് പോയി ജയിക്കുന്നതിന് പകരം ഇതാ അവരിങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇപ്പൊ ഈ യജ്ഞശാലയിലിരുന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എവിടെയാണ് യുദ്ധം ആവശ്യം നമ്മൾ ഏതിനെയാണ് ഇല്ലാ ആക്കേണ്ടത് അതിനെ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിച്ചാലോ നമ്മളിതിൽ വിജയിച്ചു ബാഹ്യമായ യുദ്ധത്തില് വിജയിച്ചു ബാഹ്യമായിട്ട് പിന്നെ യുദ്ധം ഉണ്ടാവില്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഈ സാങ്ക്യം എന്ന് പറയുന്ന ശാസ്ത്രത്തെ ഭഗവാൻ ഇവിടെ സംഗ്രഹിക്കാൻ പോവുക വരുന്ന കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് അഥചേത്വമിമം സംഗ്രാമം കീർത്തി അത ചേത്തം ഇമം ധർമ്മ്യം സങ്കരാമം നരിഷ്യ തത സ്വധർമ്മം കീർത്തി ചിത്വ പാപം അവാ അതീ നീ യുദ്ധത്തിന് ഒരുങ്ങിയതിന് ശേഷം ധർമ്മ്യം ഇമം സങ്കരാമം ധർമ്മ്യോഗ്യമായ ഈ യുദ്ധത്തെ ത്വം നരിഷ്യ ചേത് നീ ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെ ചെയ്യാത്തത് നിമിത്തം അനന്തരം സ്വധർമ്മം കീർത്തിച്ച് സ്വധർമ്മവും കീർത്തിയും ഹിത്വ ഉപേക്ഷിച്ചിട്ട് പാപം അവാപ്സ്യസി നീ പാപത്തെ പ്രാപിക്കും അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത് അർജുനന്റെ അർജുനനിലുണ്ടായിട്ടുള്ള സ്വജനം എന്നുള്ളതൊന്ന് മാറിക്കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത് എന്ന് പറയാം നമുക്കിത് മുൻപിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുക ഇപ്പം യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എവിടെയാണ് നിൻ്റെ ശത്രു ഇരിക്കുന്നു എന്നൊക്കെ നന്നായി തൊട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ധർമ്മം ഈ ധർമ്മമാ ധർമ്മം എന്ന് ഭഗവാൻ പറയുമ്പം അത് ആത്മീയമായ ഉത്കർഷണത്തിനുള്ളതാ ഉന്നമനത്തിനുള്ളതാ ആത്മീയ ഉത്കർഷത്തിന് ഉതകുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുക ധർമ്മയുദ്ധം ധർമ്മത്തെ സാക്ഷാത്കരിക്കുന്ന യുദ്ധം താൻ നിരായുധനായിട്ടാണ് വന്നു നിൽക്കുന്നത് തന്നെ ക്ഷത്രിയനായിട്ടുള്ള നിനക്ക് ഇത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഈ പ്രകാരത്തിൽ പറയുന്നത് തുടർന്ന് ആ കീർത്തി കഥയിഷ്യാം സംഭാവിതീർത്തിരി ശ്രദ്ധിച്ചു മനസ്സിലായിക്കോളൂ കഴിഞ്ഞ ശ്ലോകത്തെ ഈ ശ്ലോകം കൊണ്ട് വേണം മനസ്സിലാക്കാൻ അതായത് ഭഗവാൻ പറഞ്ഞു ഭഗവാൻ എന്ന് പറയുന്ന ബോധസ്വരൂപൻ പരമാത്മാവ് നമ്മുടെയൊക്കെ ഉള്ളിൽ അന്തര്യാമിയായി നിലകൊള്ളുന്ന ആ ശക്തി വിശേഷം അതിന് നമ്മളെ നന്നായി അറിയാം നമ്മളോട് സംസാരിക്കാനുള്ള ഭാഷയും അതിനുണ്ട് ഏകാഗ്രമായി കഴിഞ്ഞാൽ നമ്മളുമായിട്ട് നന്നായിട്ട് സംസാരിക്കും അത് മനസ്സിനോട് മനസ്സിനെ ഉപദേശിക്കുകയാണ് എന്ന് കരുതിയാൽ മതി അപ്പം നമുക്ക് നമ്മളോട് സംസാരിക്കാൻ നമ്മെ സജ്ജമാക്കുന്ന സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഗീത അതിനുവേണ്ടി നാം വന്നിരിക്കുന്നതിനെ സത്സംഗമെന്ന് പറയും സത്സംഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ് നീ എതിർക്കാതെ പിന്മാറിയാൽ എന്താ സംഭവിക്കുക കാമാദികൾ കീഴടക്കും കാമാദികളാണ് ദുര്യോധനാദികൾ ആരെയാണ് കീഴടക്കുന്നത് നിൻ്റെ ശരീരത്തെയാണ് കീഴടക്കുന്നത് അപ്പോൾ ഭഗവാൻ യുദ്ധമെന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കരുത് പുറത്തേക്കൊരു യുദ്ധത്തിലേക്ക് ചാടാനാണെന്ന് അർജുനൻ ഇത് ചെയ്തില്ല എങ്കിൽ അർജുനൻ ദുര്യോധന പോലെ ചെയ്യും അതുകൊണ്ട് അർജുന നീ എതിർക്കാതെ നീ പിന്മാറുകയാണ് എങ്കിൽ കാമാദികൾ നിൻ്റെ ശരീരത്തെ കീഴടക്കും മാത്രമല്ല അത് ഹേതുവായി അത് അധർമ്മത്തിന് വഴിയായി തീരും അധർമ്മം വന്നു കഴിഞ്ഞാലോ പിന്നെ അതിൻ്റെ ഫലം പാപമാണ് തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധാരണയിൽ നിന്ന് നീ പല കർമ്മങ്ങളും ചെയ്യും ഇതാണ് ശരിയെന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ദാനം തന്നെ എത്ര എത്ര നിഷിദ്ധമായിട്ടുള്ള പാത്രങ്ങളിലാണ് നാം ദാനം ചെയ്യുന്നത് ദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ ഭഗവാൻ പറയാൻ പോകുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ ഇതുവരെ ചെയ്തു വന്നതൊക്കെ അബദ്ധമാണെന്ന് മനസ്സിലാവുക നിങ്ങൾക്കറിയുമോ എന്നറിയില്ല ശബരിമലയിലൊക്കെ ഭിക്ഷക്കാരെ കൊണ്ടുവരുന്നത് കോൺട്രാക്ടർമാരാണത്രേ വലിയ ലോറിയിലൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ആദ്യം തന്നെ അവരിങ്ങോട്ട് കൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നോ പലയിടത്തൊന്നും അത് ഓരോരുത്തർക്ക് ദിവസക്കൂലിയാണ് ഇത്രയെന്ന് അവരവർ സ്ഥലം നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നാൽ മതി ബോംബെയിൽ ഒരു സ്ഥലത്ത് പ്രത്യേക സ്ഥലം എന്താ മരുമകന് സ്ത്രീധനമായിട്ട് കൊടുത്തത് ആ സ്ഥലമാണ് ഇത് പിഷക്കാരുടെ ഇടയിലെ സ്ത്രീധനം ആ നിൽക്കുന്ന ഒരു പ്രത്യേക പോയിൻ്റ് ഉണ്ട് അമ്പലത്തിൻ്റെ ഒരിത് ഇതവിടെ അടി നടന്നു കഴിഞ്ഞപ്പം അവിടെയുള്ള അമ്പലത്തിൻ്റെ ആൾക്കാർ പറയുകയാണ് ഇതങ്ങനെ അവർ കൊടുത്തതാണെന്ന് അപ്പം ഈ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാളുടെ മകളെ കല്യാണം കഴിച്ചതാണ് ഇത് അവിടെ അവിടെയുണ്ട് ഈ ദാദാഗിരി അവരുടെ ഇടയിൽ എല്ലാം ഉണ്ട് അപ്പോൾ അവർക്കൊരു പ്രത്യേക സ്ഥലമുണ്ട് ആ സ്ഥലത്ത് വേറെ ആരും വരാൻ പാടില്ല അപ്പം നമ്മൾ ചിലരൊക്കെ ചിലർ പറയാറുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സ്വാമി ഞാൻ ഈ അങ്ങനെ ഇങ്ങനെയും കൈ കാണിക്കുന്നവർക്കൊന്നും ഞാൻ കൊടുക്കില്ല കേട്ടോ പിന്നെയോ പിന്നെ ഈ ട്രെയിനിലൊക്കെ ഇങ്ങനെ അടിച്ചൊക്കെ വായും ഇങ്ങനെ അടിച്ചൊക്കെ വൃത്തിയാക്കി നമ്മുടെ ചുരുപ്പക്കെടുത്ത് ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി വയ്ക്കുന്നവർക്കൊക്കെ ഞാൻ ഒരു രൂപയോ രണ്ട് രൂപയൊക്കെ കൊടുക്കും അതാണ് ഏറ്റവും വലിയ തെറ്റാത് കാരണം ട്രെയിൻ വൃത്തികേടാക്കാതിരിക്കേണ്ടത് എൻ്റെ ചുമത്തല്ല ഞാൻ ട്രെയിൻ വൃത്തി ഏടാക്കിയിട്ട് വേറൊരാളെ കൊണ്ട് ഇങ്ങനെ അത് തുടപ്പിച്ച് കാശ് കൊടുക്കാന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റു തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആർ നമ്മുടെ ഇതിൽ ഇന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചിരുന്നു ഈ ഭിക്ഷ എടുക്കുന്നതിൽ സ്വാമിയുടെ അഭിപ്രായം എന്താണ് നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ സംസ്കൃതിയിൽ രണ്ട് പേർക്ക് ഭിക്ഷ എടുക്കാൻ അധികാരമുള്ളൂ രണ്ടേ രണ്ട് പേർക്ക് ഒന്ന് ബ്രഹ്മചാരിക്കും ഒന്ന് സന്യാസിക്കും രണ്ടുപേർക്ക് എന്താണ് ഭിക്ഷയായിട്ട് സ്വീകരിക്കാൻ ഭിക്ഷ എന്ന് പറഞ്ഞാൽ ഭിക്ഷാന്നം ഭിക്ഷൗഷധം ഭുജ്യതാം സാദ്വന്നം നതുയാജ്യതാം ഭിക്ഷയായിട്ട് ഔഷധമായിട്ട് സ്വീകരിച്ചോളാം ആർക്ക് ഇവർക്ക് രണ്ടുപേർക്കും അതായത് സ്വാമിയെ പോലുള്ളവർക്കും സന്യാസിമാർക്കും ബ്രഹ്മചാരിക്കും സന്യാസിക്ക് ഭാരതത്തിൽ ഭിക്ഷയെടുക്കാൻ അധികാരമുള്ളൂ അപ്പൊ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർ ഭിക്ഷയെടുത്താൽ അത് രാജാവിന് നണക്കേട രാജാവ് ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ല എന്ന് രാജാവ് ഉടനെ താഴെ ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് വിശക്കുന്നവൻ ഭക്ഷണം മറ്റൊരാളോട് ചോദിക്കേണ്ടി വരുന്ന ഒരുവൻ ഉണ്ടാകാൻ പാടില്ല ഇന്ന് ധനം ധനം ഒരിക്കലും ചോദിക്കാൻ പാടില്ല എന്ന അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക സമയമല്ല ആർക്കും വേണമെങ്കിൽ രാജാവിനൊരു മണി അടിച്ചു കഴിഞ്ഞാൽ കാണാനുള്ള സൗകര്യമുണ്ട് ഇതായിരുന്നു നമ്മുടെ എന്താ പറയുക രാജ്യത്തിൻ്റെ ഒരവസ്ഥ അപ്പൊ ഈ ദാനം കൊടുക്കൽ നമ്മുടെ വിചാരം നമ്മൾ വിചാരിച്ചിരിക്കണു നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് വലിയ ധർമ്മമാണത്രയും ഒരിക്കലുമല്ല നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ സ്വാമി പറഞ്ഞുതരാം നമ്മുടെ മനസ്സിനെ പറഞ്ഞുതരാം അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് നാം കുറച്ച് ചില്ലറ എടുക്കുന്നു ഇനി ആ നമ്മുടെ കയ്യിൽ കോയിൻസ് ബാക്കി കിട്ടുമ്പം ആരെങ്കിലുമൊക്കെ കടയിൽ നിന്നൊക്കെ ബാക്കി തരുന്ന സമയത്ത് നാം ആ കോയിൻസ് കയ്യിലെടുത്ത് അവിടെ കൊണ്ടിടുമ്പം നമുക്കൊരു സങ്കല്പമുണ്ട് സങ്കല്പങ്ങളാണ് സങ്കല്പങ്ങൾ വളരെ ശക്തിയുള്ളതാണ് ഒക്കെ മനസ്സിലാക്കണം ഈ സങ്കല്പം എന്താണെന്നറിയോ ആരെങ്കിലും വിഷക്കാർ വരുമ്പം കൊടുക്കാം ഇരിക്കട്ടെ അവിടെ നാം ഭിക്ഷക്കാരെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ മനസ്സിൽ നിങ്ങളിങ്ങനെ സൃഷ്ടിക്കുമ്പോൾ അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് കാശ് എടുക്കുക എന്തിനാ അവിടുള്ള ഓരോ ഭണ്ഡാരത്തിലും ഇടാം അത് വേറെ ഇരിക്കട്ടെ അവിടെ ഇടുമ്പോൾ എപ്പോഴും മുഷിഞ്ഞതേ കൊണ്ടിട്ടുള്ളൂ ആർക്കും കിട്ടും നോക്കിയാൽ തന്നെ എന്താ പറയുക അവിടെ ഈ അമ്പലത്തിലെ ഭണ്ഡാരം പൊളിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി ഇവിടുന്ന് നോക്കുമ്പോൾ ട്രഷററെ കാണും ട്രഷററ് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണും അങ്ങനെയാണ് അതിൻ്റെ ഇത് ഇതാണ് ഏറ്റവും മുഷിഞ്ഞതാണ് അവിടെ കൊണ്ടിട്ട് ഭഗവാനൊക്കെ മാറ്റിയെടുത്തോളുന്നത് ഏറ്റവും മുഴഞ്ഞത് ചിലയിടത്തൊക്കെ എറിയുക ചെയ്യുക അല്ലേ നമ്മളൊരിക്കൽ വായിച്ചിട്ടുണ്ട് എത്രയോ വർഷം മുമ്പ് അഞ്ചെട്ട് വർഷം ആ അഞ്ചാറ് വർഷമായി എന്ന് തോന്നുന്നു അഞ്ച് രൂപ കോയിൻ എറിഞ്ഞിട്ടൊരാളുടെ കണ്ണു പോയത് അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ എവിടെയോ മുൻപിൽ ബസ്സിൽ നിന്ന് ഒരു വിദ്വാനം എറിഞ്ഞതാണ് നമുക്ക് അവിടെയൊക്കെ നിന്നിട്ട് ആരെങ്കിലുമൊക്കെ നിന്ന് ഇത് മുഴുവൻ എടുത്ത് പോക്കറ്റിലിട്ട് പോകുന്നത് കാണണം എന്നാൽ പിന്നെ അവർ ഈ ഇടുന്ന പരിപാടി നിർത്തും അപ്പം നമ്മൾ സൃഷ്ടിക്കുന്നു നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെ മുൻപിലുള്ളവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ പള്ളിയുടെ മുൻപിലുള്ളവർക്ക് കൊടുക്കാം എന്ന് വിചാരിക്കുമ്പം നാം ഇവരെ സൃഷ്ടിക്കുകയാണ് ഇനി ആരും ധർമ്മക്കാരും ഇല്ലെങ്കിൽ നമ്മൾ നോക്കും ഇതെന്താ എവിടെ ആരെയും കാണുന്നില്ലല്ലോ നമുക്കൊരു നിരാശ കാരണം ഞാനിത് എടുക്കുകയും ചെയ്തു ആരെയും കണ്ടില്ല ശബരിമലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ കോയിൻസ് ഇങ്ങനെ കൊടുത്തുവിടുക ഇങ്ങനെ കൊടുക്കാൻ എൻ്റെ ഉദ്ദേശം തന്നെ എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്കെന്തോ വന്നു ചേരുന്നു ഒരിക്കലുമില്ല നിങ്ങൾ പ്രശ്നങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഒരു കുട്ടിയെ ഒരു നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ് ചെയ്യാൻ സൗകര്യമില്ലാത്ത ഒരു കുട്ടിയെ നിങ്ങൾ പഠിപ്പിച്ച് ഒന്നും വേണ്ട അതിന് പുസ്തകം മേടിച്ചു കൊടുത്ത് അതിന് വസ്ത്രവും അതിനെ പഠിപ്പിക്കാനുള്ള ഒരു കുട്ടിയെ ഒരു കുട്ടിയെ പഠിപ്പിച്ചാൽ മതി ഒരു കുട്ടിയെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു കണ്ണു ഓപ്പറേഷന് കാഴ്ചയ്ക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അതൊന്നും ഒരുക്കി കൊടുത്താൽ ഈ പറഞ്ഞ ഈ ഇങ്ങനെ ഈ കോൺട്രാക്ടർമാർ കൊണ്ട് ഇങ്ങനെ കൊണ്ടു തള്ളുന്ന അതിലൊന്നും കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഫനേജുകളിൽ കൊണ്ട് കൊടുക്കുക നമ്മുടെ വിചാരം ഇതൊക്കെ ഇങ്ങോട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ മുഖം തന്നെ കാണണം അയ്യോ എന്താ എന്താ നമ്മുടെ ധാരണ ഭാവം നീ ഇങ്ങനെയായി എന്നെ ഇങ്ങനെയാക്കല്ലേ ഭഗവാനെ അതിനുള്ള കൂലിയാണ് കൈക്കൂലിയാണ് കാരണം നിന്നെ ഇങ്ങനെയാക്കിയതേ ഞാനാണ് അതെ എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാം ഏത് കാട്ടുകള്ളനും നിങ്ങൾക്ക് കൊടുക്കാം എന്ത് ഭക്ഷണം ഭക്ഷണം നിങ്ങൾക്ക് കൊടുക്കാം ഒരു സംശയവും വേണ്ട അതേത് മുട്ടൻ കൊലപാതകം ചെയ്തു വന്നവനാവട്ടെ കൊല ചെയ്ത് വന്നവനാണ് വിശക്കുന്നവനാണ് അവൻ അവന് നിങ്ങൾക്ക് കൊടുക്കാം കാരണം എന്താണ് വൈശ്വാനരനാണ് ജഡരാഗ്നിയാണ് ഭഗവാൻ വൈശ്വാനര പ്രവിശതി അതിഥിർബ്രാഹ്മണോ ഗൃഹാൻ തസീതാം ശാന്തിം കുറുവന്തി ഹരവൈവസ്വദോദകം എന്നാണ് ഉപനിഷത്തിലെ വിധി അവന് വെള്ളം കൊടുത്ത് ആദ്യം അവനെ ശ്രമിപ്പിക്കണം ശാന്തമാക്കണം കാരണം വൈശ്വാനരൻ അതിഥിയായി നമ്മുടെ വീട്ടിലേക്ക് വരിക അല്ലെങ്കിലോ आशा प्रदीक्षा संगत सूनृदापूर् पुत्रपशूं चर्वान्द्त्षमेधसो यशन वसति ब्राह्मणों गृहे। ഏതൊരുവൻ്റെ ഗൃഹത്തിലാണോ വൈശ്വാനരൻ വന്നിട്ട് അവനൊന്നും കിട്ടാതെ പോകുന്നത് അവൻ്റെ ഒരുപാട് സംഗതികൾ നഷ്ടമാകുന്ന ആശ പ്രതീക്ഷ സംഗതം സൂനൃതം ഇഷ്ടം പൂർത്തം പുത്രൻ പശുൻ ഇത്യാദികളൊക്കെ അപ്പം വിശക്കുന്ന വയറിന് എന്ത് കൊടുത്താലും അത് അതാരാണെന്ന് നിങ്ങൾ നോക്കണ്ട അത് കയ്യുണ്ടോ കാലുണ്ടോ കാലില്ലേ കയ്യില്ലേ ധനികനാണോ പാമരനാണോ ഒന്നും അവിടെ ഒരു വിഷയവും ഇല്ല അതെത്ര കാട്ടുകളനാണെങ്കിലും കൊടുക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം മാത്രമേ വരുള്ളൂ കാരണം നിങ്ങൾ നേരിട്ട് വൈശ്വാനരനെ പൂജിക്കുക നാരായണ ഗുരുദേവൻ ഒരു വീട്ടിൽ വന്നിട്ട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ സമയത്ത് ഗുരുദേവന് ഭക്ഷണമില്ല നോക്കുന്ന സമയത്ത് അകത്ത് നാരായണ ഫോട്ടോ വെച്ചിട്ട് നേദിക്കുകയാണ് പുറത്ത് നാട്ടാൽ നാരായണ ഗുരുദേവൻ വന്നിരിക്കുന്നു കാത്തിരിക്കുന്നു നാരായണ ഗുരുദേവൻ തന്നെ പറയുന്നതാണ് പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാ അപ്പൊ നമ്മുടെ കർമ്മങ്ങളില് നാം വിചാരിക്കുന്നു ഇതാണ് ധർമ്മം എന്ന് പക്ഷെ അതൊന്നും ധർമ്മമല്ല കുട്ടികളോട് നമ്മൾ പലതും കുട്ടി അവസാനം പറയാറില്ലേ ഇവൻ എന്തൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു അവസാനം കണ്ടോ എന്റെ ഗതി നമ്മൾ വിചാരിച്ചിരിക്കണം കുട്ടികൾക്ക് എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലാണ് അമ്മ എന്ന നിലയ്ക്ക് അച്ഛൻ എന്ന നിലയ്ക്ക് എന്റെ ധർമ്മം എന്ന് എന്നിട്ടിപ്പോ കണ്ടോ അവൻ എന്നോട് പറഞ്ഞത് എന്ന് അപ്പൊ നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ മേടിച്ചു വരുന്ന് ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണം നീ ഒരിക്കലും എനിക്കെതിരാകാൻ പാടില്ല ആ ഒരു കോൺട്രാക്ടിന്റെ മുകളിൽ ഇവര് എങ്ങനെ ഇവര് തന്നെ അദൃശ്യമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നിരന്തരം പറയുന്നുണ്ട് നീ എന്തെങ്കിലും ചോദിക്കോ അപ്പൊ ഞാൻ തരാമേ അപ്പൊ ഈ വക ഈ ഇതിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടണം നിങ്ങളുടെ ധർമ്മത്തെക്കുറിച്ച് കർമ്മത്തെക്കുറിച്ച് ദാനത്തെക്കുറിച്ചൊക്കെ ഹിത്വ പാപം അവാപ്സി നീ പാപത്തെ പ്രാപിക്കും അടുത്ത രണ്ടു മൂന്ന് ശ്ലോകങ്ങളും കൂടെ കഴിഞ്ഞാൽ ഭഗവാൻ സാഖ്യയോഗം നിർത്തിയിട്ട് സാങ്ക്യം നിർത്തിയിട്ട് അതിൻ്റെ യോഗത്തിലേക്ക് പ്രവേശിക്കുന്നു പറയാം